ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവത്വ്യാതേം ദക്ഷിണമൂർത്ത ി കരചരണമോത്രം സൂത്രം നോ ജാതിർന്ന വർണ്ണതി പുരുഷോ നസം സ്ത്രീ നൈവാരം നി ജനിമരണം നൃത്തി പുണ്യം നാപം തന്നോ തഹജ സമരസം സദ്ഗുരു തം നമു वन्दे സദാശിവസമാരംഭ്യമധ്യമാസ്മദാചാര്യപര്യ വന്ദേ ഗുരുപരംപരാവ്യാഖ്യകട്രഹ്മത്തും യുവാന വർഷിഷ്ടാ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ട ആചാര്യേന്ദ്രം കരകളിതിന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാമു വൂർത്തിമീടേ വേദന്ഭാസകാ യതയേ ശാൻ സിഗേന്ദ്രസംഘപവേ യോഗീന്ദ്രവ്യ മോഹധ്വാദിവാകരായ ഭഗവത്പാദിത ബിഭ്രേ തസ്മൈ ഭാഷ്യമോസ്തു സൂർണ്യ ബോധാത്മനി അപാരസിത്സുഗരിരാശേ യോർമാത്രം ഭുവനം സമസ്ത ഗുഹാഹിതം തം രമണ ഗഭീരം ചിന്വിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയമ്ജടാത്മകഹം ബുദ്ധി नाहं തുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത कोहं ഭാവയുതകു वरधिया സോഹം സ്ഫൂർത്തിയാ അരുണാ ചലശിവ പൂർണോ വിഭാതി സ്വയം കരുണ പൂർണസുദേ കപളിദന കിരണാവലരുചല പരമാരുണോ ചിത്തകുക്കയരുചലസർം ഭൂസ്തി പ്രലീനമേതം ഹൃദ്യഹിത്മതയാസ്തേ വദത്തി അഹമിതി കുത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയ അവഗമ്യ സ്വപം ശാമ്യരുണാചലിന്ധോ തയ്യം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം ധ്യശ്യോധിതിമരുചലവി മഹീയം തേ ത്വ്യർപ്പതമനസം പശ്യൻ സർവമായാ സതതും ഭജത്തെ അനന്യീത്യാസയരുണാചല ി സുഖേ മഗ്ന ശോണപ്രപം സോമകലാവതം സമ്പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാ പ്രണപ്രിയം നൌമു പീനാകേ കോണത്രയസ്തലദൈവന ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി ബിഷമനസം ചിൻവ മജ്ജതാ പവന ചലന രുധാത്മനിഷ്ടോ സൃഷ്ട്യംഭം മുതൽ ഇന്നത്തെ ദിവസം വരെ വേദകാലം മാത്രമല്ല എല്ലാ കാലത്തിലും എല്ലാ മനുഷ്യരും ഏത് കോണില് ലോകത്തിന്റെ ഏത് കോണില് പോയാലും എവിടെ പോയാലും എല്ലാ മനുഷ്യരും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അത് കിട്ടാതെ വരുമ്പോ ഏർപ്പെടുന്ന പ്രശ്നമാണ് മനുഷ്യർക്കുള്ള ഒരേ ഒരു പ്രശ്നം വളരെ എളുപ്പമാണ് ലോകത്തിന്റെ പ്രശ്നം എന്താണെന്നോ ലോകസമാധാനത്തിനു വേണ്ടി മീറ്റിംഗ് ഒന്നും കൂടെ കാര്യം വളരെ എളുപ്പം സൃഷ്ടി ആരംഭിച്ചത് മുതൽ ഇന്നത്തെ ഈ നിമിഷം വരെ ലോകത്തിന്റെ എവിടെ പോയാലും ഏതു കോണിലും മനുഷ്യർക്ക് വേണ്ടത് സുഖം അത് കിട്ടാതാവുമ്പോൾ ഏർപ്പെടുന്നത് വിഷമം ദുഃഖം ഇതാണ് ആകപ്പാട് ഉള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ സുഖത്തിന് ഉള്ള അന്വേഷണമാണ് എല്ലാം ഗർഭപാത്രത്തു നിന്ന് കുട്ടി പുറത്തു വീണ് കഴിഞ്ഞാൽ കുഞ്ഞു പുറത്തു വീണുകഴിഞ്ഞാൽ ക്വാ ക്വാ ക്വാ ക്വാ എന്ന് കരയും ക്വാ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ എവിടെ എവിടെ എന്നാണ് എവിടെ പോയി എവിടെ എവിടെ അന്വേഷിക്കുന്നത് എവിടെ എന്ന് വെച്ചാൽ സുഖത്തിനെയാണ് അന്വേഷിക്കുന്നത് സുഖം എവിടെ പോയി സുഖം എവിടെ എന്നാണ് അതിനുശേഷം ആ കുട്ടിക്ക് അല്പം പാല് കൊടുത്താൽ തൽക്കാലത്തേക്ക് സുഖം കിട്ടിയിട്ട് ഉറങ്ങും അവിടെ നിന്ന് തൊട്ട് ഈ തൽക്കാലത്തേക്ക് ഉള്ള പരിഹാരം അന്വേഷിക്കാൻ തുടങ്ങും തൽക്കാല പരിഹാരം പാല് കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെയും കരയും പിന്നെയും പാല് കുടിക്കും കുറച്ചുകൂടെ വലിപ്പം വെച്ചാൽ കളിപ്പാട്ടങ്ങളിലൊക്കെ ആയി സുഖം കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വേണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ കരിയും കിട്ടിയാലോ രണ്ടു ദിവസം സന്തോഷിക്കും മൂന്നാമത്തെ ദിവസം വലിച്ചത് എന്നിട്ട് വേറെ എന്തെങ്കിലും വേണമെന്ന് പറയും അങ്ങനെ കുട്ടിക്കാലത്ത് കുറെ സാധനങ്ങൾ മാറി മാറി ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ അതിനെ വലിച്ചതും പിന്നെ പുസ്തകം വേണമെന്നായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണം എന്നായിരിക്കും ടി വി കാണണം ില്ഖം പോരാ അതുകൊണ്ട് സുഖം മൈക്കുവാക്കെ അന്വേഷിച്ച് അന്വേഷിച്ച് സുഖത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ചദോ അന്വേഷണം അല്ലെ അത് കഴിഞ്ഞാൽ കുറച്ച് വലുതായി ജോലിക്ക് വേണ്ടി തെരഞ്ഞു നടക്കും ഒരു ജോലി കിട്ടിയ കുറച്ചു ദിവസം സന്തോഷം അത് കഴിഞ്ഞാൽ അത് പോരാ അതിനേക്കാളും വലിയ ജോലി കിട്ടണം കമ്പാരിസൺ ഇപ്പോഴും നമ്മൾ നമ്മളെ നോക്കുകേ ഇല്ലല്ലോ മറ്റവളെ നോക്കിക്കൊണ്ടേക്കുള്ളൂ മറ്റാളുകളെ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ അവരെ കണ്ട് അതുപോലെ ജോലി വേണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമം ജോലി കിട്ടിയാൽ സന്തോഷം കുറച്ച് കഴിഞ്ഞാലോ കല്യാണം കഴിക്കണം അല്ലേ കല്യാണത്തിന് വേണ്ടി ഓടി നടക്കും കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു വിഷമം ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വിഷമം കല്യാണം കഴിഞ്ഞാലോ സന്തോഷം എത്ര ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഉണ്ടായില്ലയെന്നൊരു വിഷമം കുട്ടി ഉണ്ടായാൽ ആൺകുട്ടി ഉണ്ടായില്ലയെന്ന വിഷമം ആൺകുട്ടിയാ ഉണ്ടായതെന്ന് വെച്ചാൽ പെൺകുട്ടി ഉണ്ടായില്ലയെന്ന വിഷമം അത് കഴിഞ്ഞാൽ ആ കുട്ടിയെ വെച്ചുകൊണ്ടുള്ളതായി പിന്നെ നമ്മളുടെ മുഴുവൻ ജീവിതം പക്ഷേ സദാ ജീവിതം മുഴുവൻ അന്വേഷണം ഭാഗവതത്തില് വിദുരൻ ചോദിക്കുന്ന ചോദ്യമാണ് ഹസ്തനാപുരത്തിന്റെ മന്ത്രിയായിരുന്നു വിദുരൻ അപ്പൊ അദ്ദേഹം രാജാക്കന്മാരുടെ ജീവിതമൊക്കെ കണ്ടിട്ടുണ്ടോ സാധാരണ ആളുകളുടെ ജീവിതം മാത്രമല്ല വലിയ വലിയ ചക്രവർത്തികളുടെ ജീവിതം കണ്ടിട്ടുണ്ട് സാധാരണ ആളുകള് പത്തു റുപ്യ കൂലി വാങ്ങിക്കണ ആൾ അമ്പത് റുപ്യ കൂലി വാങ്ങിക്കണ ആളെ കണ്ട് അസൂയപ്പെടുന്നു പക്ഷേ വിതുരൻ ധനത്തിൽ കിടന്ന് തിമർക്കണ ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പം അവരെ ഒക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നിയത് ഇവരാരും ഒരിക്കലെങ്കിലും നെഞ്ചിൽ തൊട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കണോ തൃപ്തിയായി എൻ്റെ ജീവിതം ധന്യമായി എന്ന് പറഞ്ഞു കണ്ടിട്ടില്ല അതാണ് അവസാനവും ഒക്കെ വലിച്ചെറിഞ്ഞു ഉപദേശിച്ചു ഉപദേശിച്ചു മതിയായി ഇവർക്കൊന്നും ബുദ്ധിവെക്കണില്ല ഒക്കെ വലിച്ചെറിഞ്ഞ് ഇറങ്ങി നടന്നു ഒരു ദിവസം അങ്ങനെ നടന്ന് നടന്ന് നടന്ന് ഹരിദ്വാരത്തിലെത്തി ഹരിദ്വാരത്തിൽ മൈത്രേ മഹർഷി സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിഷ്യൻ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ബ്രഹ്മത്തത്വം അറിഞ്ഞ ആളാണ് മൈത്രേയൻ ബ്രഹ്മവിദ്യ അറിഞ്ഞ ആളാണ് മൈത്രേയൻ മൈത്രേ മഹർഷിയെ കണ്ടു ദ്വാരം ഋഷഭു മൈത്രേയം ആസീനം അഗാധബോധം ഷത്തോപൃത്യാച്ഛാവശുദ്ധ പപ്രസൗശീല ഗുണാഭിതൃപ്ത ഒരു ഗുരുവിനെ ഒരു ശിഷ്യൻ എങ്ങനെ സമീപിക്കണമോ ആ വിനയത്തോടു കൂടെ ഭക്തിയോടുകൂടെ സൗശീല ഗുണം നല്ല ശീലത്തോടുകൂടെ ചെന്ന് നമസ്കരിച്ച് മൈത്രേയ മഹർഷിയുടെ മുമ്പിൽ വിനയത്തോടെ നിന്നു മൈത്രേയൻ ചോദിച്ചു വിതുരേ അങ്ങേക്ക് എന്താ ഇപ്പൊ വിഷമം ഉള്ളത് മൈത്രേയും പറഞ്ഞു മൈത്രേയ മഹർഷി ഞാൻ ഹസ്തനാപുരത്തിലെ മന്ത്രിയായിട്ടിരുന്നു ലോകത്തിലുള്ളവർ മുഴുവൻ കൊതിക്കുന്ന ഒരു പദവി ആ പദവിയിലിരുന്ന് എല്ലാ ചക്രവർത്തിമാരുടെയും ലൗകികന്മാരുടെയും വൈദികന്മാരുടെയും ഒക്കെ ജീവിതം കണ്ടു ഇതൊക്കെ കണ്ടിട്ടും ഞാനും കുറേയൊക്കെ ഭക്തി സാധനകളൊക്കെ അനുഷ്ഠിച്ചു പക്ഷെ പരിപൂർണമായൊരു തൃപ്തി പരിപൂർണമായൊരു ശാന്തി ധന്യത തോന്നിയില്ല ആരെങ്കിലും അപ്പൊ ലോകത്തിലെ പൂർണ്ണമായ വസ്തുസത്യം പരിപൂർണമായ ധന്യത നേടിയവരുണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ ഇറങ്ങി നടന്നതാണ് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോ യമുനാനദീ തീരത്തിൽ വെച്ച് ഉദ്ധവരെ കണ്ടു ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രിയും സഖാവും ഭഗവാൻ തന്നെ പരമപ്രിയത്തോടുകൂടെ ഉദ്ധവരെ കരകയറ്റി വിട്ടു ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതത്തിൽ അവസാനം ഞാൻ ഇപ്പോൾ ഭാഗവതം പറയുകയാണോ തോന്നും ഭാഗവതവും ഗീതയും വലിയ വ്യത്യാസവും ഒന്നുമില്ല ഉം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഉദ്ധവർക്ക് പരമാത്മതത്വം ഉപദേശിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ പോകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു ഉദ്ധവർ അവസാനം കൃഷ്ണഭഗവാൻ എന്നെ വിട്ടിട്ട് കൃഷ്ണൻ പോവാണ് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു അങ് എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ എന്നെയും കൊണ്ടുപോകൂ എന്ന് അപ്പൊ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവരെ ഇങ്ങനെ കരയാനാണോ ജീവിതം മുഴുവൻ എന്റെ കൂടെ നടന്നത് അവസാന സമയത്ത് കരയാനാണോ മരിച്ചു പോകുന്ന ഒരു പൊരുളാണോ ഞാൻ അങ്ങ് എന്റെ ഗുരുവാണ് എന്ന് ഉദ്ധവർ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഗുരു മരിക്കണൊരാളല്ല ഗുരു മരിച്ചു പോകുന്ന ഒരു ഗുരുവാണെങ്കിൽ ആ ഗുരുവിനെ കൊണ്ട് എന്തു പ്രയോജനം ഗുരു ഒരു വ്യക്തിയെ അല്ല ഗുരു ആത്മതത്വമാണ് തത്വത്തിന് ജനനം മരണമൊന്നുമില്ല അങ് ഇത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഉദ്ധവർക്ക് ആത്മതത്വം ഉപദേശിച്ചു അത് ഉപദേശിച്ചതോടുകൂടെ ഉദ്ധവർക്ക് പരിപൂർണ തൃപ്തി ഉണ്ടായി ഉള്ളു കുളിർന്നു കൃഷ്ണനെ വിട്ട് പിരിയണമെന്നുള്ള ദുഃഖം പോയി ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കണ്ടു നിറഞ്ഞു ഉദ്ധവരുടെ ഹൃദയം നിറഞ്ഞു അങ്ങനെയാണ് ഉദ്ധവര് ബദരീക ബദരീനാഥിലേക്ക് ബദ്രീനാഥില് ചെന്ന് അളകാനന്ദയുടെ തീരത്തിലിരുന്ന് ധ്യാനം ചെയ്യാനായിട്ട് ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണ് ഉദ്ധവർ നടന്നുവരണത് വഴിയിൽ വെച്ച് വിതുരരെ കണ്ടു അപ്പൊ വിതുരര് പറഞ്ഞു വിതുരും ഉദ്ധവരും കൂടെ ആലിംഗനം ചെയ്യും കെട്ടിപിടിച്ചു കുറെ നേരം ആനന്ദം കൊണ്ട് കരഞ്ഞു ഉദ്ധവരെ കണ്ടപ്പോ ഉദ്ധവരകാടെ മാറിപ്പോയിരിക്കുന്നു ആത്മാനുഭവത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഉദ്ധവരുടെ ൂപത്തിൽ കാണുന്നു കണ്ണുകള് പ്രകാശമാനമായിട്ടിരിക്കുന്നു തേജസ് കൊണ്ട് ശരീരം ജ്വലിക്കണം ദൃഷ്ടി അന്തർമുഖമായിട്ടിരിക്കുന്നു ബുദ്ധവരോട് ചോദിച്ചു വിതുരൻ അങ്ങേ കണ്ടാൽ ആകെപ്പാടം മാറിപ്പോയിരിക്കണം ഈ പൂമ്പാറ്റയും പുഴുവും പോലെ പൂമ്പാറ്റയാവുന്നതിന് മുമ്പ് ആ പുഴു അതിങ്ങനെ പൂവിലിരുന്ന് ഇലയൊക്കെ തിന്നുകൊണ്ടിരിക്കും വൃത്തി കേടായിരിക്കും ആ പുഴുവാണ് പിന്നീട് പൂമ്പാറ്റ ആവണം മനോഹരമായിട്ട് ചിത്രശലഭ ആവണം ആ ചിത്രശലഭത്തിനും പുഴുവിനും കണ്ടാൽ യാതൊരു സാദൃശ്യമില്ല ആ പുഴു ചിത്രശലഭ പോലെ അജ്ഞാനം നീങ്ങി ആത്മതത്വം പ്രകാശിക്കുമ്പോ ജീവൻ ഉള്ളില് ഞാൻ ശരീരമല്ല ഞാൻ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല അഖണ്ഡാകാര സ്വരൂപമായ ബ്രഹ്മമാണ് നിരന്തരം അനുഭവിക്കുന്ന ആ ആനന്ദ ദശയിൽ ശരീരത്തിന്റെ ആകാരം പോലും മാറിപ്പോണം അങ്ങനെ ഉദ്ധവരെ കണ്ടപ്പോ വിദുരർക്ക് ഒരു പരിപൂർണ നിർവൃത്തി ഉണ്ടായി നിർവൃത്തി അതാണ് വാക്ക് നിർവൃത്തി എന്നുള്ള വാക്കിന് വേറൊരു ഭാഷയും വിവർത്തനം ചെയ്യാൻ പറ്റില്ല നിർവൃത്തി ഉണ്ടായി പരിപൂർണ്ണ തൃപ്തി സന്തോഷം ശാന്തി അപ്പൊ ഉദ്ധവരോട് വിദുരര് പറഞ്ഞു അങ്ങ് എന്താണോ ഭഗവാന്റെ അടുത്തുനിന്ന് കേട്ടത് എനിക്ക് ഉപദേശിച്ചു തരൂ എന്റെ ഉള്ളിന് ചുട്ട് നീറ ശാന്തിക്കായിട്ട് നീറാണ് ലോകത്തിൽ എവിടെ നോക്കിയാല് എല്ലാവരുടെ ഉള്ളിലും അഗ്നിയാണ് ഉം ആഗ്രഹത്തിന്റെ അഗ്നി കാമത്തിന്റെ അഗ്നി അസൂയയുടെ അഗ്നി ദ്വേഷത്തിന്റെ അഗ്നി അതൊന്ന് തണുപ്പിക്കണമെങ്കിൽ ജ്ഞാനമാവുന്ന ജലം ഒന്ന് തെളിക്കണം അവിടെ അതുകൊണ്ട് എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് ഉദ്ധവര് പറഞ്ഞപ്പോ വിതുരർ പറഞ്ഞപ്പോ ഉദ്ധവര് പറഞ്ഞു ലോകത്തിൽ രണ്ടു വിധത്തിലും മഹാത്മാക്കളുണ്ട് ചില ആളുകൾക്ക് ഉപദേശിക്കാനുള്ള പ്രാരബ്ധൊന്നുമില്ല ഭഗവാൻ ചിലരോട് പറയും നിങ്ങൾ അറിഞ്ഞാൽ മതി ഉപദേശിക്കൊന്നും വേണ്ട അറിഞ്ഞ് ഏകാന്തത്തിൽ എവിടെയെങ്കിലും ഇരുന്ന് ഈ അറിഞ്ഞ വസ്തുവിനെ ധ്യാനിച്ച് നല്ലവണ്ണം സ്വായത്തമാക്കാം ചിലരോട് ഭഗവാൻ പറയും വെറുതെ ഇരിക്കരുത് ഉപദേശിക്കാം ലോകത്തിന് മുഴുവൻ ഇത് പറഞ്ഞ് പ്രകാശിപ്പിക്കണം എന്ന് ചിലരോട് പറയും ലോകത്തിലെ ലൗകിക ദൃഷ്ടിയാ നമ്മൾ നോക്കിയാൽ എന്ത് പറയും ഈ പ്രചരിപ്പിക്കുന്ന ആളാണ് ഏറ്റവും നല്ല ആള് അവരാണോ ലോകത്തിന് ഉപകാരം ചെയ്യണത് ഏകാന്തത്തിൽ ഗുഹയിൽ പോയി ഇരിക്കുന്ന ആള് ലോകത്തിന് എന്ത് ഉപകാരം ചെയ്യണമെന്ന് ഒരു ചോദ്യം ഉണ്ടാവും പക്ഷേ രണ്ടുപേരും തുല്യമാണ് രണ്ടുപേർക്കും യാതൊരു വ്യത്യാസമില്ല ഇതറിഞ്ഞാൽ അയാൾ പ്രസംഗിച്ചാലും പ്രസംഗിച്ചിട്ടില്ലെങ്കിലും അയാൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അയാളിലൂടെ അത് ലോകത്തിനും മംഗളം വാക്കുകളൊക്കെ വെറുതെ അത്രയുള്ളൂ വിവേകാനന്ദ ജീവിതം മുഴുവൻ എന്താ പെരുമ്പറ കൊട്ടണ പോലെ ലോകത്തിൽ മുഴുവൻ വേദാന്ത പ്രഭാഷണം ചെയ്ത് സ്വാമി വിവേകാനന്ദൻ അവസാന സമയത്തൊന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു വലിയ കാര്യം മനസ്സിലാക്കി ഇതെൻ്റെ ഗുരുദേവൻ ശ്രീരാമകൃഷ്ണ പരമവംസർ പറയുന്ന കാര്യമാണ് ഒരാള് ആത്മസാക്ഷാത്കാരം നേടി ഒരു ഗുഹയിൽ ചെന്നിരുന്ന് കല്ലുകൊണ്ട് ഗുഹാദ്വാരം മൂടിയിട്ട് അതിനകത്തിരുന്ന് ആത്മധ്യാനത്തിൽ ശരീരം ഉപേക്ഷിച്ചാൽ അയാളുടെ അനുഭൂതി ആ പാറക്കല്ലുകളൊക്കെ ഭേദിച്ച് പുറത്തു വന്ന് ലോകത്തിന് മുഴുവൻ അനുഗ്രഹിക്കുന്നുണ്ട് അയാൾ പുറത്ത് പ്രസംഗിക്കുകയോ പുറത്ത് പുസ്തകം എഴുതുകയോ പുറത്ത് പ്രചാരം ചെയ്യുകയോ ഒന്നും വേണ്ട അപ്പൊ പ്രചാരം ചെയ്യണം പ്രസംഗിക്കണവരും ഒക്കെ രണ്ടാം തരക്കാരാണോ അപ്പൊ ശങ്കരാചാര്യസ്വാമി ചെയ്തതൊക്കെ രണ്ടാം തരമാണോ എന്ന് വെച്ചാൽ അവരങ്ങനെ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും രണ്ടും പൂർണ്ണമായി അവരിലൂടെ അത് പ്രചരിക്കും പക്ഷേ ഭഗവാൻ രണ്ടു വിധത്തിൽ ആളുകളെ വെച്ചിരിക്കുന്നു ഒരു പറ്റം ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു വേറൊരു പറ്റം ആളുകളെ കൊണ്ട് ഏകാന്തത്തിൽ ഇരുത്തണം ഉദ്ധവര് പറഞ്ഞു എന്നോട് ഭഗവാൻ പറഞ്ഞത് ഏകാന്തത്തിൽ ഇരിക്കാനാണ് അടകാനന്ദയുടെ തീരത്തിൽ ചെന്ന് ഇരിക്കാം പക്ഷെ അങ്ങക്ക് ഉപദേശിക്കാനായിട്ട് ഒരാളോട് ചട്ടം കെട്ടിയിട്ടുണ്ട് ഹരിദ്വാരത്തിൽ മൈത്രേ മഹർഷി അപ്പൊ മൈത്രേന്റെ അടുത്ത് ചെന്ന് ചോദിക്കാം മൈത്രേയൻ അങ്ങയ്ക്ക് ആത്മതത്വം ഉപദേശിക്കും അങ്ങനെയാണ് വിതുരര് മൈത്രേന്റെ അടുത്തേക്ക് വരുന്നത് ഹരിദ്വാരത്തില് മൈത്രേനോട് ചോദിച്ചു ഭഗവാനെ എനിക്ക് പറഞ്ഞു തരുമോ ഉദ്ധവര് പറഞ്ഞിട്ടാ ഞാൻ വരണത് മൈത്രയും ചോദിച്ചു എന്താ അറിയേണ്ടത് അങ്ങേക്ക് എന്താ പങ്ങയുടെ വൈഷമ്യം വിഷമം എന്താ ഇതുവരും പറഞ്ഞു ഭഗവാനെ ഞാൻ ധാരാളം ജനങ്ങളെ കണ്ടു ലോകത്തിൽ എല്ലാവരും കർമ്മം ചെയ്യണം പ്രവർത്തിക്കുന്നു അനുസ്യൂതം പ്രവൃത്തി പ്രവൃത്തി പ്രവൃത്തി ലോകം മുഴുവൻ നോക്കിയാൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം എല്ലാം ഇപ്പൊ വക്താക്കളാണ് പ്രവൃത്തിയുടെ വക്താക്കളായിട്ടുള്ളവരൊക്കെ ഈ ഒരു ശ്ലോകം ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കരോത്തി കർമാണി എന്തിനാ കർമ്മം ചെയ്യണം സുഖായ കർമാണി കരോത്തി ലോക ലോകത്തിൽ എല്ലാവരും സുഖം കിട്ടണം എന്ന് വെച്ചാൽ അനുസ്യൂതം പ്രവർത്തിക്കണം എന്നാ സുഖം കിട്ടിയോ സുഖം അങ്ങോട്ട് കിട്ടിയോ പ്രവൃത്തിയുടെ ഒക്കെ നോക്കാം സുഖം കിട്ടണം എന്ന് വെച്ച് പ്രവർത്തിക്കും അവസാനം പ്രവൃത്തിയുടെ ഫലം എന്താ സുഖം ഒട്ട് കിട്ടണമില്ല പൂർണ്ണമായിട്ട് അല്പസ്വല്പൊക്കെ കിട്ടും എന്നിട്ട് ആ കർമ്മത്തിന്റെ ആഫ്റ്റർ ഇഫക്ട് പരിപാകമായിട്ട് ദുഃഖം ധാരാളം വരികയും ചെയ്യും കർമ്മത്തിന്റെ സ്വഭാവ നല്ല കർമ്മം ചീത്തകർമ്മം ഒന്നുമില്ല ഏത് കർമ്മം ചെയ്താലും അതിന്റെ പുറകെ സുഖവും ദുഃഖവും വരും അപ്പൊ എവിടെയാ പൂർണമായ ഒരു ഉപരമം പൂർണ്ണമായ ഒരു തൃപ്തി പൂർണ്ണമായ ഒരു ശാന്തി എങ്ങനെ കിട്ടും എന്നാണ് വിതുരൻ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് മൈത്രേ മഹർഷിപരണ ഭാഗവതമൊക്കെ അപ്പോ ഈ ഒരു ചോദ്യം നമ്മളുടെ സകല പുരാണങ്ങളിലും ഭാരതത്തിലും ഉപനിഷത്തുകളിലും വേദകാലം മുതൽ ഉണ്ട് വേദങ്ങളിൽ മുതൽ സകല ഗ്രന്ഥങ്ങളും ഈ ഒരു ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത് പരിപൂർണമായ സുഖം എവിടെ പരിപൂർണമായ തൃപ്തി എവിടെ പരിപൂർണമായ ശാന്തി എവിടെ പെർഫെക്ഷൻ നമ്മൾ ഇന്നും പെർഫെക്ഷന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു എക്സലൻസ് പെർഫെക്ഷൻ പക്ഷേ ഋഷികൾ ഒരു കാര്യം കണ്ടെത്തി ഫിസിക്കൽ പ്ലെയിൻ അതായത് ശാരീരിക തലത്തിൽ പെർഫെക്ഷൻ എന്നുള്ളത് സാധ്യമേ ഒരിക്കലും സാധ്യമല്ല ശരീരത്തിന്റെ തലത്തിൽ പൂർണ്ണത നേടുക എന്നുള്ളത് സാധ്യമേ അല്ല എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അല്പം വിചാരിച്ചു നോക്കിയാൽ മനസ്സിലാവും ശരീര പെർഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ദശിക്കാൻ പാടില്ല സദാ ഉണ്ടാവണം സുഖമായിട്ടിരിക്കുകയും വേണം അത് തൃപ്തി തരുകയും വേണം അത് കേടുവരാനും പാടില്ല ഇത് ശരീരത്തിന്റെ തലത്തിൽ സാധ്യമാണോ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും ശരീരത്തിന്റെ തലത്തിൽ ഈ ജനിച്ച ശരീരം കേടുവരാതിരിക്കില്ല ഗർഭത്തിൽ ഉണ്ടാവണു പുറത്തു വരണു വളരണു പരിണമിക്കണു ക്ഷയിക്കണു നശിക്കണു ആറു വികാരങ്ങളാണ് ഈ ശരീരത്തിന് ഇതിനാർക്കും മാറ്റി തീർക്കാൻ പറ്റില്ല ശരീരം അങ്ങനെയാണ് അപ്പൊ ആദ്യമേ അങ്ങട് നിശ്ചയിച്ചു ദേഹത്തിന്റെ തലത്തിൽ പൂർണത പരിപൂർണ തൃപ്തി ശരീരമാണ് ഞാൻ നമ്മളുടെ ഭൗതിക ശാസ്ത്രം ഫിസിക്കൽ സയൻസ് മുഴുവൻ ശരീരത്തിന്റെ തലത്തിലാണ് നിൽക്കണത് അതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ സയൻസ് നല്ലവണ്ണം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണു സൗന്ദര്യശാസ്ത്രം നല്ലവണ്ണം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു അതിന് ശരീരത്തിനെ സുഖിപ്പിക്കാൻ വേണ്ട എന്താ അങ്ങനെയുള്ള എക്യൂപ്മെന്റ്സ് അതും ധാരാളം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇത്രയൊക്കെ ആയിട്ട് ശരീരത്തിന് എല്ലാ സുഖവും കൊടുത്തുവെച്ചു നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുമാതിരി നല്ല സുഖമായി കേരളത്തിലുള്ള സുഖമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ബീഹാർ വരെ ഒക്കെ ഒന്ന് പോയിട്ട് വരണം അപ്പോഴേ അറിയുള്ളൂ ഇവിടെ നമ്മൾ എത്ര സുഖമായിട്ടിരിക്കണമെന്ന് ഞാനിപ്പോ ഒരു പത്ത് പതിനേഴ് ദിവസം അവിടെ കാശിയിലും അങ്ങോട്ടൊക്കെ ഇരുന്നിട്ടാണ് വരണം അവിടെയൊക്കെ പോയാൽ അറിയാം ഒന്നിനും ഒരു നിയമമല്ല ട്രെയിൻ എവിടെ വരും പറയാൻ പറ്റില്ല എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ല കറണ്ട് ഉണ്ടാവുകയില്ല നമുക്കിപ്പോ ഹാഫ് ആൻ അവർ പവർ കെട്ടും അവിടെ അരമണിക്കൂർ വരും ഒരു ദിവസം ചിലപ്പോ പക്ഷെ അത് കാരണം അവിടെ ഉള്ളവരൊക്കെ നമ്മളെക്കാളും ദുഃഖിക്കുകയാണോന്ന് അർത്ഥമാണോ സുഖമായിട്ടിരിക്കണോ ഒരു പക്ഷെ നമ്മളെക്കാളും സുഖമായിട്ടിരിക്കണം തോന്നുന്നു അവർക്ക് നിയമമൊന്നും പ്രശ്നമേ ഇല്ല അപ്പോ ശരീരത്തിന്റെ തലത്തിൽ നമുക്ക് സുഖം ഒക്കെ ഉണ്ട് ശരീരത്തിന്റെ തലത്തിലുള്ള പെർഫെക്ഷൻ നമ്മൾ എത്ര തന്നെ അതിനെ സംസ്കരിച്ചാലും പൂർണ്ണമാവില്ല പൂർണ്ണ തൃപ്തി ഏർപ്പെടില്ല ശരീരത്തിനെ വ്യാധി വരാതിരിക്കാൻ ഒരു വഴിയില്ല ബുദ്ധൻ എല്ലാം ചിന്തിച്ചു നോക്കി എന്നിട്ടാണ് ബുദ്ധൻ പേടിച്ചു ഉപേക്ഷിച്ചിട്ട് പോയി അല്ലെ മരണം വരണു വ്യാധി വരണു സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോണു എല്ലാം നശിച്ചു പോണു ഇത് എല്ലാവർക്കും സംഭവിക്കുന്നു കണ്ടു തനിക്കും സംഭവിക്കും തന്റെ ഭാര്യയ്ക്കും സംഭവിക്കും തന്റെ കുട്ടിക്കും സംഭവിക്കുന്നു കണ്ടതോടുകൂടെ ഉപേക്ഷിച്ചു പോയി ബുദ്ധനോട് ഒരാൾ ചെന്ന് ചോദിക്കണു എന്താ നിങ്ങളിപ്പോ ഈ ലോകം ദുഃഖമാണെന്ന് പറയണത് ലോകത്തിൽ ധാരാളം സുഖം ഉണ്ടല്ലോ എന്തിനാ നിങ്ങൾ ഈ ലോകത്തിനെ ഉപേക്ഷിച്ചു പോയത് അപ്പൊ ബുദ്ധൻ പറഞ്ഞു എത്ര യതി ജന്മ ജരാമരണം ഭവേറ്റ് യതിചേഷ്ടവിയോഗയം നവേറ്റ് ർവം അനിത്യമിതം നവേത് ഇഹ ജന്മനി കസ്യരതിർന്നവയേത് എതി ജന്മ ജരാമരണം ഭവേത് ഞാൻ രാജാവിന്റെ പുത്രനായിട്ടാണ് ജനിച്ചത് നല്ല കൊട്ടാരമായിരുന്നു മൂന്ന് കൊട്ടാരമായിരുന്നു അത്രേ മൂന്ന് കൊട്ടാരം വേനൽക്കാലത്ത് താമസിക്കാനൊരു കൊട്ടാരം മഴക്കാലത്ത് താമസിക്കാനോ ഒരു കൊട്ടാരം തണുപ്പ് കാലത്ത് താമസിക്കാനൊരു കൊട്ടാരം ശുശ്രൂഷിക്കാൻ മാറി മാറിയുള്ള ആളുകൾ അതിന്റെ ഇടയിലാണ് ഇത് മുഴുവൻ വരുത്തുപോയതേ പേടിച്ചുപോയി കണ്ടപ്പോ ഒക്കെ അനിത്യം കാരണം എന്താ ജന്മ ജരാ മരണം ഇതൊക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റില്ല കാരണം എന്താ വാർദ്ധക്യം വരും വാർദ്ധക്യത്തിൽ നോക്കാനൊക്കെ ആളുകളും ഉണ്ടാവും പക്ഷെ അപ്പോഴും സ്ഥിരമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല മരണം വരും ഇനി എന്തൊക്കെ തന്നെ ശുശ്രൂഷിച്ചാലും വ്യാധി വരും എത്ര വൈദ്യന്മാരുണ്ടെങ്കിലും വ്യാധി വരും അതൊക്കെ ശാരീരികം അതിനേക്കാളും ഭയങ്കരമായ ഒരു വേദനയുണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളെ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു അപ്പൊ ഒരു പേടി എന്താ ഇഷ്ടവിയോഗയം അവര് നമ്മളെ ഉപേക്ഷിച്ചു പോകും അല്ലേ മാറ്റാൻ പറ്റാത്ത നിയമമാണ് യാജ്ഞവൽക്യൻ ഉപനിഷത്തിൽ പറയുന്നു മൈത്രയി ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഭാര്യയെ സ്നേഹിച്ചാൽ ആ ഭാര്യ എന്നെങ്കിലും ഒരു ദിവസം തന്നെ അത്യന്തം ദുഃഖിപ്പിച്ചിട്ട് വിട്ടുപോകും ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഭർത്താവിനെ സ്നേഹിച്ചാൽ ആ ഭർത്താവ് എന്നെങ്കിലും ഒരു ദിവസം അത്യന്തം ദുഃഖിപ്പിച്ച് വിട്ടുപോകും ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ധനത്തിനെ സ്നേഹിച്ചാൽ ആ ധനം എന്നെങ്കിലും ഒരു ദിവസം അത്യന്തം ദുഃഖിപ്പിച്ചിട്ട് വിട്ടുപോകും ഇത് മുമ്പ് തന്നെ ആലോചിക്കുമ്പോ തന്നെ പേടിയുണ്ട് ഇതൊക്കെ വിട്ടുപോകുന്ന ആലോചിക്കുമ്പോ തന്നെ പേടിയുണ്ട് അപ്പൊ ഭയം ഈ ഇഷ്ടവിയോഗ ഭയം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇത്രയും ഭയത്തിനുള്ള കാരണങ്ങളൊക്കെ ഉള്ളപ്പോ നമ്മൾ പേടിക്കാതെ എങ്ങനെ ഇരിക്കും എന്നാണ് ഇംഗ്ലീഷില് ഗള്ളിബിളെന്നൊരു വാക്കുണ്ട് ഗള്ളിബിൾ എന്ന് വെച്ചാൽ പറ്റിക്കപ്പെടുന്ന ആള് എന്നൊക്കെ അർത്ഥം അതെങ്ങനെയാ വന്നത് അത്ര ഇത് വാസ്തവാണോ എന്ന് അറിയില്ല പറഞ്ഞു കേട്ടിട്ടുള്ള പക്ഷെ നല്ല യുക്തിയാണെന്ന് തോന്നി സീകളെന്നൊരു പക്ഷിയുണ്ട് സമുദ്രത്തില് പറക്കണ പക്ഷിയാ ആ പക്ഷി പത്തെണ്ണം ഇരിക്കുകയാണെങ്കിൽ അതിൽ ഒമ്പതെണ്ണത്തിന് വെടിവെച്ച് കൊന്നാൽ പത്താമത്തത് അവിടെ തന്നെ ഇരിക്കും ഒമ്പതെണ്ണത്തിനെയും വെടിവെച്ചാലും പത്താമത്തേത് തന്നെ വെടിവെക്കാൻ പോകണു എന്നുള്ള ഭയമില്ലാതിരിക്കും ഇത്രയും ഇയാളെ ഭയമില്ലാത്ത ആളെന്ന് പറയാൻ പറ്റുമോ ബുദ്ധിയാണോ അത് പേടിക്കണ്ടേ പേടിച്ചാലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഏതിനെ പേടിക്കണോ അതിനെ പേടിക്കണം ഏതിനെ പേടിക്കാൻ പാടില്ലയോ അതിനെ പേടിക്കാൻ പാടില്ല പക്ഷെ ലൗകികർ എന്ത് ചെയ്യും മരണത്തിനെ ഭയമില്ല വ്യാധീനെ ഭയമില്ല ജരയെ ഭയമില്ല ഇവിടെ ഈ സീകളിനെ പോലെ ഇരിക്കും പക്ഷെ ഒരാള് ഒരുപാട് ധ്യാനം അമ്പലത്തിൽ പൊക്കൊക്കെ തുടങ്ങിയ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പേടിക്കാൻ തുടങ്ങും പിന്നെ എന്തു പറ്റി പത്ത് പതിനഞ്ചു വയസ്സേ ആയിട്ടുള്ളൂ അമ്പലത്ത് പോണു ധ്യാനിക്കണു പൂജ ചെയ്യണു ജപം ചെയ്യണു പേടിക്കാൻ പാടുവോ ഗൗഡപദാചാര്യർ പറഞ്ഞു അഭയേ ഭയദർശിനെ അഭയമോ അതിനെ ഭയക്കണു അത് നമ്മളെല്ലാം ഭയക്കണത് നമ്മളുടെ ഉള്ളിൽ ഒരാളുണ്ടേ അയാളാ ഭയക്കണത് ആരാന്ന് വെച്ചാൽ അഹങ്കാരം ആ അഹങ്കാരത്തിന് ഈശ്വരനെ ഭയമാണ് അഹങ്കാരത്തിന് ആത്മജ്ഞാനത്തിന് ഭയമാണ് എന്താന്ന് വെച്ചാൽ അത് അഹങ്കാരനാശമാണ് ഈ ആത്മജ്ഞാനം കൊണ്ട് ഉണ്ടാവണം അതുകൊണ്ട് ഉള്ളില് വേറെ ആരോ നമ്മൾ അയാളോട് കൂടെ അങ്ങനെ താതാത്മ്യം പ്രാപിച്ചിരിക്കണത് കൊണ്ട് നമ്മൾ ഭയപ്പെടുന്ന പോലെ നമുക്ക് തോന്നണം വാസ്തവത്തിൽ നമ്മളെല്ലാം ഭയപ്പെടുന്നത് നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം പേടിക്കുകയാണ് അഹങ്കാരം പേടിക്കുകയാണ് പക്ഷെ നമ്മൾ പേടിക്കണമെന്നൊരു ഭ്രമം നമുക്ക് തോന്നുന്നു രാമകൃഷ്ണ പരമവം സർ വിവേകാനന്ദൻ നരേന്ദ്രനാഥ തത്തെ ആയിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു വിവേകാനന്ദനോട് ചോദിച്ചു ഈശ്വരനെ ഒരു അമൃതത്തിന്റെ സിറപ്പ് ഈശ്വരനാണത് ആ അമൃതത്തിന്റെ സിറപ്പ് ഒരു പാത്രത്തിലാക്കി വച്ചിരിക്കാം താനൊരു തേൻവണ്ടാണെങ്കിൽ ഒരു തേനീച്ചയാണെങ്കിൽ ആ അമൃതം എങ്ങനെ കുടിക്കും ചോദിച്ചു നരേന്ദ്രനാഥ് ദത്ത പറഞ്ഞു ഞാൻ ഈ ഗ്ലാസിന്റെ വക്കിലിരുന്ന് നക്കി കുടിക്കും രാമകൃഷ്ണദേവൻ ചോദിച്ചിട്ടോ മണ്ട അതിലേക്ക് വീണു പോവരുതോ ചാടരുതോ എടുത്ത് അയ്യോ ചാടിയ ഞാനില്ലാതാവില്ലേ പേടിയാണോ അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു അത് അമൃതമാണ് മരണമല്ല അതിൽ ചാടിയ ശാശ്വതമായ സ്വരൂപം അതിലേക്ക് ചാടണം ഇല്ലാതാവണം എന്നാണ് ഭഗവാന്റെ അടുത്ത് മാത്രം ഡിസ്റ്റൻസ് വയ്ക്കാൻ പാടില്ല ഭഗവാൻ്റെ അടുത്ത് അങ്ങോട്ട് വീണ് ഇല്ലാതാവണം ഭഗവത് വിഷയത്തിലേക്ക് വീണ് ഇല്ലാതാവണം അപ്പൊ അവിടെ പേടി പക്ഷെ ലൗകികത്തിന് പേടിയില്ല ജര മരണം വ്യാധി ഈ ദുഃഖത്തിനെയൊന്നും കണ്ടു പേടിക്കണില്ല ഇതാണ് ലോകത്തിലെ സഹജമായിട്ട് കാണുക ഇതിനു പേരാണ് അജ്ഞാനം ഉം അവിദ്യ ഈ അവിദ്യയെ മാറ്റിയാണ് നമ്മൾ ഏതൊരു സുഖത്തിനെ അന്വേഷിക്കണമോ ആ സുഖം കൈവരും ഇതാണ് ഋഷികൾ ഉപനിഷത്തുകളിലൊക്കെ കണ്ടെത്തിയത് അവര് കണ്ടെത്തി സുഖം പുറത്തെവിടെയോ ഉണ്ട് തന്നിൽ നിന്ന് അന്യമായിട്ടുണ്ട് എന്ന് കരുതി ആ സുഖത്തിനു വേണ്ടി അന്വേഷിച്ചുകൊണ്ടേ നടക്കണം സദാ തെരഞ്ഞുകൊണ്ട് നടക്കണം ആ തെരച്ചൽ കൊണ്ട് സുഖമോ തൃപ്തിയോ ഒന്നും കിട്ടണമില്ല ആ തെരച്ചില് പുറത്തേക്കുള്ളത് നിർത്തി തന്നിലേക്ക് എപ്പ അന്വേഷിച്ചു തുടങ്ങുന്നു പുറത്തേക്ക് തെരയുമ്പോ സയൻസ് അകമേക്ക് തെരയുമ്പോ ഉപനിഷത്ത് അതാണ് വ്യത്യാസം പുറമേക്ക് തെരയുമ്പോ അതിനെ സയൻസ് എന്ന് പറയാം അകമയ്ക്ക് തെരയുമ്പോ അത് ഉപനിഷത്ത് ഈ സയൻസൊക്കെ എവിടെ അവസാനിക്കണോ അവിടെയാണ് ഉപനിഷത്ത് ആരംഭിക്കണം ശാസ്ത്രമൊക്കെ അവസാനിക്കുന്ന സ്ഥലത്ത് ബ്രഹ്മവിദ്യ ആരംഭിക്കണം എന്താന്ന് വെച്ചാൽ പുറത്തുള്ള അന്വേഷണം ഒക്കെ നിന്നു അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ഇന്ന് മുഴുവൻ ഞാൻ ഒരു പൂർവ്വപീഠിക ഇടാം ഗീതയെ തൊടലി അങ്ങനെ ഭഗവത്ഗീത ഭഗവത്ഗീത പോലും വിഷയം ഒരേ ഒരു വിഷയമേ ഉള്ളൂ ആദ്യം പറഞ്ഞുവല്ലോ പൂർണ്ണസുഖം അത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഈ ദുഃഖത്തിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് വിഷയം അല്ലാതെ ഭഗവത്ഗീതയല്ല ഉപനിഷത്തുമല്ല ഗീതയുടെ ഉപനിഷത്തിന്റെ ഒക്കെ സാരം അപ്പൊ നമ്മളത് ഗീതയിലൂടെ നോക്കണു ഉള്ളൂ ഗീതയിലും ഉപനിഷത്തിലും ഇപ്പൊ ആധുനിക കാലത്തിൽ വന്നിട്ടുള്ള ജ്ഞാനികളും എല്ലാവർക്കും ഒരേ വിഷയമേ പറയാനുള്ളൂ എന്താന്ന് വെച്ചാൽ സത്യത്തിനെ കണ്ടെത്താം ഈശ്വരനെ കണ്ടെത്താം തന്നെ അറിയാം ഇത് അജ്ഞാനം കൊണ്ട് ദുഃഖം അവിദ്യ സ്വാമി ശിവാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരാണ് ഒരിക്കൽ പോയിട്ട് സ്വാമിജി എനിക്ക് വേദാന്തം പഠിക്കണം സ്വാമിജി കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ല ഗമയ ഗൗരവത്തോടെ പാന്റും ഷൂ സൂട്ടും ഒക്കെ ഇട്ട് സൗശീല്യം ഇല്ല ഏത് രീതിയിലാണോ സമീപിക്കേണ്ടത് ആ സമീപനമൊന്നുമില്ല എന്നിട്ടാണോ ചോദിക്കണതേ അപ്പൊ സ്വാമി ചോദിച്ചു ആർ യു ക്വാളിഫൈഡ് എനിക്ക് വേദാന്തം പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഞാൻ എം എ വരെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എം എന്ന് വെച്ചാൽ എന്താ അറിയോ അത് കുറെ നേരം തോന്നുന്നു സ്വാമി തന്നെ പറഞ്ഞു എം എ മീൻസ് മാസ്റ്റർ ഓഫ് അജ്ഞാനം ആ ക്വാളിഫിക്കേഷൻ പുറമേക്കുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഉള്ളില് പ്രയോജനപ്പെടില്ല എത്ര പഠിച്ചാലും എന്തൊക്കെ പഠിച്ചാലും ആന്തരികമായി നമ്മൾ പരാജയപ്പെടും അപ്പൊ ആന്തരികമായിട്ടുള്ള പൂർണ്ണതയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതാണ് സത്സംഗം ഉം സത്സംഗം അതാണ് നാളെ രാവിലെ സദ്ദർശനം പ്രഭാഷണം ഉണ്ട് അതില് സദ്ദർശനം ആണ് ഉള്ളതിനെ കുറിച്ചുള്ള ദർശനം ഉള്ള വസ്തുവിനെ കാണാം അതാണ് സദ്ദർശനം ആ ഉള്ള വസ്തുവിനെ എവിടെ കാണും പുറത്തൊരിടത്തും കണ്ടെത്താൻ പറ്റില്ല തന്നിലേ കണ്ടെത്താൻ പറ്റുള്ളൂ കാരണം താൻ ആണ് ഉണ്മ പുറത്തുള്ളതൊന്നും ഉണ്മയല്ല പുറത്തുള്ളതൊക്കെ പ്രതീതി ഉള്ളത് എന്ന് പറയുന്നത് ഞാൻ ആണ് ഞാൻ അല്ലാത്തതൊക്കെ ഇന്ദ്രിയ വിഷയങ്ങളാണ് ഉള്ളത് ഒരേ ഒരു വസ്തു ഞാൻ മാത്രം ഇപ്പൊ നിങ്ങളൊന്നും ഉള്ള വസ്തുവല്ല എനിക്കും നിങ്ങൾക്ക് ഞാനുള്ള വസ്തുവല്ല പേടിക്കരുത് കേട്ടോ ഇയാൾ എന്താ ഞങ്ങളൊന്നും ഇല്ല എന്ന് പറയേണ്ടത് എനിക്ക് നിങ്ങളൊന്നും ഉള്ള വസ്തുവല്ല കാരണം കണ്ണടച്ചാൽ പോയി കണ്ണടച്ചാ പോയി ഇവിടെയൊക്കെ ലൈറ്റ് കെടുത്തിക്കളഞ്ഞാൽ ഇരുട്ടാക്കിയാൽ അടുത്തുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയാൽ അറിയോ ശബ്ദം എഴുന്നേറ്റ് പോയാൽ വേണമെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ ഒക്കെ എഴുന്നേറ്റ് പോയി ഒന്നും കാണാൻ വയ്യെങ്കിൽ അവരുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അല്ലെ എന്തുകൊണ്ടറിയില്ല കാണാൻ വയ്യ അവരുണ്ടെന്ന് എങ്ങനെ അറിയും കാണണം അല്ലേ അല്ലെങ്കിലോ അവരുടെ ശബ്ദം കേൾക്കണം അല്ലെങ്കിൽ അവരെ തൊട്ടു നോക്കണം അല്ലെങ്കിൽ അടിച്ചു നോക്കണം ഏതെങ്കിലും ഇന്ദ്രിയം വേണം പക്ഷെ താൻ ഉണ്ടോ ഇല്ലയോ സംശയം വരുവോ ആർക്കെങ്കിലും ഇരുട്ടത്ത് ഇരുട്ടത്ത് ഞാൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം വരുവോ ഒരിക്കലും സംശയം വരില്ല ഈ ഒരു ഒരു യുക്തി ഉണ്ടല്ലോ ഒരു പക്ഷെ നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് കേൾക്കണം എന്നാലും മനസ്സിലാവും അഹമഹമ അഹമഹമെന്ന് അരുളവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലും അഹന്ത അനേകമാകയാൽ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം ബാക്കിയുള്ളവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരും പക്ഷെ അഹം അഹം ഞാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമല്ല ഇരുട്ടിലും അഹം ഇരുളല്ല എന്നുവെച്ചാൽ അഹം അറിയപ്പെടാതിരിക്കണില്ലർത്ഥം ഞാൻ ഉണ്ടോ ഇല്ലയോ സംശയം വരണില്ല അല്ലെ ഉറപ്പുണ്ട് കയ്യോ കാലോ ഉണ്ടോ ഇല്ലയോ പോലും അറിയില്ല നോക്കണം ആശ്ചര്യം അതാണ് കയ്യോ കാലോ ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്താൽ ഇരുട്ട് മുറിയിലാണ് കിടക്കണതെങ്കിൽ പ്രജ്ഞ വരുമ്പോൾ വേദനയൊന്നുമില്ലെങ്കിൽ ചിലപ്പോ കാലില്ല എന്നുള്ള ഓർമ്മയില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോകും വീഴുമ്പോഴാണ് അറിയുക കാലില്ലാന്നുള്ള കാര്യം അപ്പൊ കാലോ കയ്യോ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ പോലും ഇന്ദ്രിയങ്ങൾ വേണം തൊട്ടുനോക്കണം അല്ലെങ്കിൽ സെൻസേഷൻ വേണം പക്ഷേ ഞാൻ ഉണ്ട് എന്ന് അറിയാൻ ആരുടെയും സഹായം വേണ്ട ഒരു വിളക്കുണ്ടോ ഇല്ലയോ എന്നറിയാം വേറെ ഒരു വിളക്ക് വേണ്ട അതുപോലെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേറെ ആരെങ്കിലും പറഞ്ഞു തരണ്ട നല്ലവണ്ണം അറിയാം ഇത് ഋഷീശ്വരന്മാർ ആദ്യമേ കണ്ടെത്തി അന്വേഷ അന്വേഷിച്ച് നോക്കിയപ്പോ അറിവിന്റെ മണ്ഡലത്തിൽ നല്ല അനുഭവം ഒന്നേ ഉള്ളൂ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാ പറയാൻ വയ്യ ചിലരുണ്ടെന്ന് പറയണോ ചിലർ ഇല്ല എന്ന് പറയണു ചിലർ കണ്ടു എന്ന് പറയണു ഓരോരുത്തർ കാണുമ്പോ ഓരോ കാണുന്നത് ഇപ്പൊ ഈശ്വരനെ കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായം കാണാനില്ല ചിലർ വിഷ്ണു ആണെന്ന് പറയണു ശിവനാണെന്ന് പറയണു ഏ അള്ളാവാണോ എന്ന് പറയണു അങ്ങനെയൊന്നും പറയാൻ പാടില്ല സ്വർഗസ്ഥനായി പിതാവാണോന്ന് പറയണു ആളുകൾക്കൊക്കെ അഭിപ്രായ ഈശ്വരന്റെ കാര്യത്തിൽ ലോകത്തിന്റെ കാര്യത്തിൽ ഓരോ കാലത്തും അഭിപ്രായ ഭൂമി പരന്നതാണെന്ന് കുറെ കാലം സിദ്ധാന്തിച്ചു ഉരുണ്ടതാണെന്ന് ഒരാൾ പറഞ്ഞപ്പോ വിഷം കൊടുത്തു കൊന്നു ഉരുണ്ടതാണെന്ന് പറയണു നാളെ വേറെ വല്ലതും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും ലോകത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഒന്നും അഭിപ്രായ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കണം ഈ യൂണിവേഴ്സ് ഈ പ്രപഞ്ചം വിശ്വം മുഴുവൻ അന്വേഷിച്ച് ആർക്കെയും കണ്ടുപിടിക്കാൻ പറ്റുമോ എത്ര തന്നെ അന്വേഷിച്ചാലും പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ വിശ്വത്തിന്റെ കാര്യത്തിൽ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്തിനു പറയണു നമ്മളുടെ ശരീരത്തിന്റെ കാര്യത്തിലെ ഒന്നും മനസ്സിലാക്കി തൃപ്തി തീരുമാനത്തിൽ വരാൻ പറ്റില്ല ഇത്രയധികം നമ്മളുടെ ശരീരശാസ്ത്രം പുരോഗമിച്ചിട്ടും ശരീരത്തിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല കുറെ ഒക്കെ ചിത്രം വരച്ച് വെക്കണമെന്നല്ലാതെ അതിന്റെ പ്രവൃത്തിയിലൊന്നും പെർഫെക്ഷൻ ആയി പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവൊന്നുമില്ല പക്ഷെ ഒരേ ഒരു കാര്യത്തിൽ നല്ല പൂർണമായ അറിവ് ഉറപ്പ് എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേയില്ല അപ്പൊ ഋഷികൾ പറഞ്ഞു ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം എന്നാണ് അറിയാത്ത കാര്യങ്ങളെയൊക്കെ കുട്ടികളെയാണ് അതിനെക്കുറിച്ച് വാദിച്ചിട്ടൊന്നും കാര്യമില്ല വാദിച്ച ആർക്കും ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല ലോകത്തിനെ കുറിച്ചോ ഈശ്വരനെക്കുറിച്ചോ ഷണ്ട കൂടണ്ട അദ്വൈതമോ ദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ ഷണ്ട കൂടണ്ട അദ്വൈതികളാണെങ്കിലും വിശിഷ്ടാദ്വൈതികളാണെങ്കിലും ദ്വൈതികളാണെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാവരുടെ സമ്മതം ആത്മസാക്ഷാത്കാരം വേണം അതിനുശേഷമുള്ളത് അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ എന്നുള്ള കാര്യത്തിലേ ഷണ്ടയുള്ളൂ രണ്ടുപേരും മൂന്ന് പേരും സമ്മതിക്കണു ആദ്യം തന്നെ തന്നെ അറിയാന്നുള്ള കാര്യത്തിൽ അതിനുശേഷം എന്തു സംഭവിക്കണമെന്നുള്ള കാര്യത്തിലാ ചണ്ട അതിനിപ്പെന്തിന് ചണ്ട കൂടുന്നു ആദ്യം ഉറപ്പുള്ള കാര്യം ഞാൻ ഉണ്ട് ഇവിടെ വേണം സത്യത്തിനെ അന്വേഷിക്കാൻ അപ്പൊ ഉപനിഷത് കാലം മുതൽ വേദകാലം മുതൽ ഋഷികൾ ഒരു തീരുമാനത്തിലെത്തി ഉള്ളിൽ അന്വേഷിക്കണം അവർ അവരും പുറത്തൊക്കെ അന്വേഷിച്ചു വേദത്തിൽ മുഴുവൻ വേദമന്ത്രങ്ങളൊക്കെ നോക്കിയാൽ അഗ്നി വരുണൻ വായു ആദിത്യൻ സകല ദേവതകളെയും ഭജിച്ചു സകല ദേവതകളെയും സാക്ഷാത്കരിച്ചു പ്രകൃതിയിലുള്ള ശക്തികളൊക്കെ അവർക്ക് ദേവതകളാണ് അതൊക്കെ സാക്ഷാത്കരിച്ചു ആരാധിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ പരമകാരണമായിട്ടുള്ള സത്യത്തിനെ അന്വേഷിച്ചു തുടങ്ങി അതെവിടെയാണ് അതെന്താണ് അവിടെയാണ് ഉപനിഷത്തുകളൊക്കെ വരുന്നത് ഇതിനൊക്കെ അപ്പുറം ഇതിനെയൊക്കെ ധരിച്ചുകൊണ്ട് ഇതിനെ ഒക്കെ രക്ഷിച്ചു കൊണ്ടുള്ള ഒരു സത്യമുണ്ട് ആ സത്യത്തിനെ അന്വേഷിച്ചു തുടങ്ങി അതെവിടെ കണ്ടെത്താൻ കഴിയും ഉപനിഷത്തുകളൊക്കെ അങ്ങനെയാണ് അതീ ഭഗവോ ബ്രഹ്മേദീ ഭഗവാനെ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായിട്ടുള്ള സത്യം എന്താണെന്ന് പറഞ്ഞു ഏതിനെ അറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ലാത്തത് ഏതൊന്നിനെ കണ്ടെത്തിയാൽ പരിപൂർണ തൃപ്തിയും ശാന്തിയും ഉണ്ടാവുവോ അതിനെ എനിക്ക് കാണിച്ചു സകല പ്രശ്നങ്ങളും അവസാനിക്കണം സകല ദുഃഖങ്ങളും അവസാനിക്കണം ശരീരത്തിന്റെ ദുഃഖം മനസ്സിന്റെ ദുഃഖം ഭൗതിക പ്രശ്നം മൂന്നും അവസാനിക്കണം നമുക്ക് മൂന്ന് പ്രശ്നങ്ങളാണുള്ളത് ഭൗതികമായിട്ടുള്ള ലൗകി ലോകത്തിലുള്ള ദുഃഖം ശരീരത്തിന്റെ തലത്തിൽ വരുന്ന വ്യാധി മുതലായ ദുഃഖം മാനസികമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള കാമം ക്രോധം അസൂയ ഇതൊക്കെ ഇതൊക്കെ മാറിക്കിട്ടണം പൂർണ്ണ തൃപ്തി അതിനെ ഏതിനെ അറിഞ്ഞാലാണോ പൂർണ്ണ തൃപ്തി വരിക എന്തിനെ കണ്ടെത്തിയാൽ പിന്നെ ഒന്നും അറിയാൻ ബാക്കിയില്ലയോ സകല പ്രശ്നങ്ങളുടെയും ചുരുളഴിയുമോ അതിനെ പറഞ്ഞു തരൂ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് അയാള് സ്കൂളിൽ പഠിക്കുമ്പോ മാജിക്ക് കാണിക്കാനായിട്ട് ഒരാള് വന്നിരുന്നു അയാള് ഒരു റിബൺ എടുത്തിട്ട് ഒരു നാലഞ്ച് കെട്ടിട്ട് അവര് ജാപ്പനീസ് നോട്ട് എന്നാണ് അതിന് പറയുക നാലഞ്ച് കെട്ടിട്ട് കുട്ടികളുടെ കയ്യിലൊക്കെ തന്നു എന്നിട്ട് പറഞ്ഞു ഈ കെട്ട് അഴിച്ചു തരിക എന്ന് പറഞ്ഞു ഞങ്ങൾ ആ റിബൺ വാങ്ങിച്ച് ഓരോരുത്തരായി ശ്രമിച്ചു ശ്രമിക്കുന്നതില് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കെട്ട് അഴിക്കുന്നതിന് പകരം ഓരോരുത്തരും അവരുടെ വക ഈ രണ്ട് കെട്ട് ഇട്ടുകൊടുത്തു ആർക്കും അഴിക്കാൻ പറ്റിയില്ല കെട്ട് അധികമായി അവസാന അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോ പത്ത് മുപ്പത്തഞ്ച് കെട്ടുണ്ട് അതില് ആ റിബണില് ഇങ്ങനെയാണെ ലോകത്തിലെ നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണത് പരിഹരിക്കാൻ പോയിട്ട് നമ്മളുടെ വക കുറെ പ്രശ്നം ഉണ്ടാക്കും ലോകത്തിൽ മാത്രമല്ല കുടുംബത്തിലും പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് നമ്മൾ കുറെ പ്രശ്നം ഉണ്ടാക്കും അവസാനം അയാളുടെ കയ്യിൽ കൊടുത്തപ്പോ അയാളുടെ കയ്യിലൊരു മുപ്പത്തഞ്ച് കെട്ടുണ്ടാകും ഇപ്പണുള്ള അയാൾ എവിടെയോ ഒരിടത്ത് പിടിച്ചു വലിച്ചു വലിച്ചപ്പോ ഞങ്ങളിട്ട കെട്ടും അയാളിട്ടക്കെട്ടും ഒക്കെ കഴിഞ്ഞു സകലതു കഴിഞ്ഞു ഞങ്ങളിട്ട കെട്ട് കഴിഞ്ഞു അയാളിട്ട് കേട്ടു കഴിഞ്ഞു അപ്പോ ഇതുപോലെ പ്രപഞ്ചത്തിലുള്ള സകല പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നവും പ്രകൃതിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ സമാപിച്ച് കിട്ടണമെങ്കിൽ ഏതോ ഒരു മർമ്മസ്ഥാനമുണ്ട് ആ മർമ്മസ്ഥാനത്ത് പിടിച്ച് വലിക്കണം ആ മർമ്മസ്ഥാനത്തിൽ പിടിച്ചു വലിച്ചാൽ നമ്മളുണ്ടാക്കിയ പ്രശ്നം പ്രകൃതി ഉണ്ടാക്കിയ പ്രശ്നം ഒക്കെ അഴിഞ്ഞുപോയി പരിപൂർണമായ പ്രശ്നപരിഹാരം കസ്മിന് ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതി ഏതോ ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അറിയപ്പെടുന്നു പിന്നെ ഒന്നും അറിയാനില്ല അത്തരത്തിലുള്ളൊരു പ്രശ്നപരിഹാരം ഉണ്ടാവണം അതെവിടെ എന്നാണ് ഋഷികൾ അന്വേഷിച്ചത് ഋഷീശ്വരന്മാരൊക്കെ അന്വേഷിച്ചത് നമ്മളൊക്കെ അന്വേഷിക്കുന്നത് അതാ ഋഷീശ്വരന്മാരെ അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല ഈ പ്രശ്നം മാത്രം സയൻസില് ഭൂമി ഉരുണ്ടതാണെന്ന് ഒരാള് കണ്ടുപിടിച്ചാ മതി ഗുരുത്വാകർഷണ ശക്തി ഒരാള് കണ്ടുപിടിച്ചാൽ മതി എല്ലാരും ബാക്കിയുള്ളവർക്ക് പഠിച്ചു മനസ്സിലാക്കിയാ മതി കാരണം ആ ഗുരുത്വാകർഷണ ശക്തി കണ്ടുപിടിച്ചവനെയും നമ്മളെയും ഒന്നും ബാധിക്കുന്നില്ല അതുകൊണ്ട് വെറും ഒരു അറിവാണത് അത് ബാധിക്കപ്പെടാത്ത അറിവാണ് അത് കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും കണ്ടുപിടിച്ച ന്യൂട്ടനും അത് കണ്ടുപിടിച്ചത് കൊണ്ട് അന്നത്തെത്തോടെ ജീവിതം ധന്യമായതൊന്നുമില്ല നമ്മളത് പഠിച്ചത് കൊണ്ട് നമുക്കും ആ ഗുരുത്വാകർഷണ ശക്തി എന്നൊന്നും ഉണ്ട് മനസ്സിലാക്കിയതോടെ അന്ന് രാത്രി ഉറക്കം വന്നു സുഖമായിട്ട് അങ്ങനെയൊന്നുമില്ല അത് കണ്ടുപിടിച്ചു അത്രയേ ഉള്ളൂ അതൊരു ഇൻഫർമേഷൻ അതിന് യഥാർത്ഥ അറിവല്ല ഇൻഫർമേഷൻ ആണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി അതുകൊണ്ട് വലിയ കാര്യമില്ല പക്ഷേ വിശക്കുമ്പോ ഒരാൾ ഊണ് കഴിച്ചാ മതിയോ വിശക്കുമ്പോ ഊണുണ്ട് ഒരാൾക്കുള്ള ഊണ് ഉണ്ടോ ഒരാൾ ഊണ് കഴിച്ചു നമ്മൾ അത് കണ്ടാ മതിയോ ഞാൻ തന്നെ കഴിക്കണം അല്ലേ അത് എന്റെ ഒരു അർജാണ് അത് ഓരോ വ്യക്തികൾക്കും ദുഃഖമുണ്ട് ഓരോ വ്യക്തികൾക്കും പ്രശ്നമുണ്ട് ഓരോ വ്യക്തിയും സൃഷ്ടി ആരംഭം മുതൽ ഇന്നത്തെ ദിവസം വരെ ജീവിക്കണം സൃഷ്ടി ആരംഭം മുതൽ ഇന്നത്തെ നിമിഷം വരെ ഉള്ള ജീവിതം ഞാൻ ജീവിക്കണു നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണു അപ്പൊ ഓരോരുത്തരും അവനവന്റെ ഉള്ളില് ഈ ഉപനിഷത്തിനെ ഉണർത്തണം ഈ ഞങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ല മനസ്സിലാവില്ല ദുഃഖിക്കണം വേറെ വഴിയൊന്നുമില്ല ഇടയിൽ വഴിയൊന്നുമില്ല ഷോർട്ട് കട്ട് നമ്മളൊക്കെ ഇപ്പൊ ഷോർട്ട് കട്ടിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത് എവിടെങ്കിലും എളുപ്പ വഴിയുണ്ടോ അഞ്ചു ദിവസത്തിൽ ഒരാഴ്ചയിൽ കിട്ടാൻ ഒരു വഴിയുമില്ല പക്ഷേ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ് വേണമെങ്കിൽ കൈ ചൊടുക്കുന്ന വേഗത്തിൽ തെളിയും ദിവസങ്ങളോ മാസങ്ങളോ വേണ്ട ക്ഷണനേരം കൊണ്ട് മനസ്സിലാവും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വേണം എന്നില്ലെങ്കിൽ നമ്മൾ പല കാരണങ്ങളും പറയും ഇത് മനസ്സിലാവണില്ല വിഷമമാണ് പിന്നെ വേദാന്തത്തിന് പൊതുവേ ഉള്ള പേര് വരണ്ടിരിക്കണമെന്നാണ് വരണ്ടതാണെന്നാണ് പ്രത്യേകിച്ച് പല ആളുകളും പ്രഭാഷണം ചെയ്യുന്നവരും പറയും വരട്ട് വേദാന്തം എന്താ വര നമ്മുടെ ഹൃദയം വരണ്ടിരിക്കുകയാണേ അതാണ് ബ്രഹ്മവിദ്യ വരണ്ടതായിട്ട് തോന്നണത് നമുക്ക് ഇത് അമൃത വിദ്യ എന്നാണ് ഭഗവാൻ തന്നെ പറയണത് അമൃതം ധർമ്മ്യാമൃതം ഇതം യഥോക്തംസതി അമൃതമാണ് ഇത് അമൃതത്തിനെ വരേണ്ടതെന്ന് പറഞ്ഞാൽ എന്തു പറയാം ഇത് അമൃതമാണ് അപ്പോ ഇതിലേക്ക് പതുക്കെ നമ്മൾ കിടക്കുക ഓരോരുത്തരും അവനവന്റെ ഉള്ളില് ഇതിനെ കാണണം ഈ സത്യത്തിനെ കണ്ടെത്തണം പ്രാപഞ്ചികമായി എന്ന് വെച്ചാൽ പ്രപഞ്ചം പ്രപഞ്ചം എന്താ എന്റെ ജീവിതമാണ് അല്ലാതെ അമേരിക്കയിൽ എന്ത് നടക്കണമെന്നുള്ളതോ പാകിസ്ഥാനിൽ എന്ത് നടക്കണമെന്നുള്ളതോ ഒന്നും എനിക്ക് പ്രശ്നമല്ല അതൊന്നും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും എന്നെ ബാധിക്കില്ല വെറുതെ ഇൻഫർമേഷനെ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ കുത്തിക്കേറ്റുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പോ വേണോ വേണ്ടയോ കുറേ പേരുകൾ മന്ത്രിമാരും പ്രസിഡന്റുമാരും യുദ്ധം നടന്നതും കുറെ യുദ്ധങ്ങൾ ഔരംഗസീബ് ജനിച്ചത് യുദ്ധം ചെയ്തത് അയാൾ ജനിച്ച എന്ത് ജനിച്ചിട്ടില്ലെങ്കിൽ എന്ത് വേണം ഇതൊക്കെ ബൈഹാർട്ട് കുട്ടികൾ ഇതിന് പേര് അറിവെന്ന് പേര് ഇത് അജ്ഞാനമാണ് ഇത് മുഴുവൻ ദുഃഖം വേണ്ടാതെ മനസ്സിന്റെ ചാഞ്ചല്യ നമുക്ക് വേണ്ടത് അതൊന്നും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ബാധിക്കില്ല പക്ഷേ എന്റെ ഉള്ളിലുള്ള പ്രശ്നം എനിക്കെങ്ങനെ സന്തോഷമായിട്ടിരിക്കാം നമ്മൾ എന്തൊക്കെ മെഷീൻ കണ്ടുപിടിച്ചു അതിനൊരു മെഷീൻ കണ്ടുപിടിച്ചൂടെ എന്തൊക്കെ മെഷീൻ കണ്ടുപിടിക്കുന്നു ഈയിടെ ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കാൻ ഒരു റൂമിൽ കയറ്റി നിർത്തി പുറത്ത് വരുമ്പോഴേക്കും അതുപോലെ ഫോട്ടോ എടുത്ത് തന്നു അപ്പൊ കൂട്ടിക്കൊണ്ടുപോയ ആള് പറഞ്ഞു ഈ നോട്ടീസിലിടാൻ വേണ്ടി അവർ കൂട്ടിക്കൊണ്ടുപോയതാണ് അവർ പറഞ്ഞു എന്താ എത്ര പുരോഗമിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയാളോട് ഇതൊന്നും അത്ഭുതപ്പെടണ്ട കുറച്ചു ദിവസം കഴിഞ്ഞാൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പെട്ടിയിൽ കയറ്റി ഇരുത്തും പുറത്തു വരുമ്പോ നമ്മളെ പോലെ തന്നെ ഒരാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം അങ്ങനെ ആയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല മായയിൽ എന്തും സംഭവിക്കും പക്ഷെ ഇപ്പൊ എന്താ എനിക്ക് ചൊറിഞ്ഞാൽ അയാൾക്കും ചൊറിയും എനിക്ക് കരച്ചൽ വന്നാൽ അയാൾക്കും കരച്ചൽ വരും എനിക്ക് വേറെളക്കം പിടിച്ചാൽ അയാൾക്കും വേറിളക്കം പിടിക്കും എനിക്ക് തലവേദനിച്ചാൽ അയാൾക്കും തലവേദനയും ഇപ്പൊ എന്താവും ദുഃഖം എരട്ടിക്കും എന്നല്ലാതെ പ്രശ്നമൊന്നും അവസാനിക്കില്ല ഒക്കെ ഇരട്ടിക്കും ഇപ്പൊ ഉണ്ടാവുന്ന വിഷമങ്ങൾ മുഴുവൻ ഇരട്ടിക്കും നമ്മളുടെ സയൻസ് മുഴുവൻ ഇപ്പൊ ചെയ്യണത് അതാ ആരും ചോദ്യം ചെയ്യണില്ല എല്ലാം ഇപ്പൊ അന്ധമായിട്ടുള്ള വിശ്വാസമാണ് അന്ധവിശ്വാസം മതത്തിലുള്ളവരെയൊക്കെ വിളിക്കും സയൻസിനോടുള്ള ഒരു അന്ധവിശ്വാസം അത് ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നുള്ളൊരു വിചാരം പക്ഷേ അപ്പൊ എനിക്ക് തോന്നി അയാളോട് തന്നെ ഞാൻ ചോദിച്ചു ഇത്രയൊക്കെ പുരോഗമിച്ച് സയൻസിൽ നിന്ന് ഒരു മെഷിൻ കണ്ടുപിടിച്ചോടെ ജീവിതത്തിൽ ഭയങ്കരമായി പ്രശ്നവും ദുഃഖവും ഒക്കെ ഉള്ള ഒരാൾ അതിൽ കെയർ ചെയ്യുന്ന സ്വിച്ച് ഓൺ ചെയ്താൽ നല്ല സമാധാനം സകല പ്രശ്നങ്ങളും അവസാനിച്ചു നല്ല തൃപ്തി സന്തോഷം അങ്ങനെ ഒരു മെഷീൻ കണ്ടുപിടിച്ചൂടെ അതുമാത്ര സത്യല്ല ഈ ഭൗതിക പദാർത്ഥങ്ങളെ വെച്ചുകൊണ്ട് ഭൗതികമായിട്ട് മാറ്റി മറിച്ച് കളിക്കാം എന്നല്ലാതെ ഉള്ളിലൊന്ന് സ്പർശിക്കുകയേ ഇല്ല പുറത്തിങ്ങനെ കളിക്കും എന്നല്ലാതെ അല്പം പോലും തോലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല സ്കിന്നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല എന്നുവെച്ചാൽ അവിടെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നർത്ഥം അപ്പോ ആ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കണം ഞാൻ തന്നെ കണ്ടെത്തണം എന്റെ ജീവിതത്തിൽ തൃപ്തി വരാൻ ശാന്തി വരാൻ പൂർണ്ണത വരാനുള്ള വഴി ഞാൻ കണ്ടെത്തണം ഇതൊക്കെ അന്വേഷിച്ച് ഉപനിഷത്തുകളിൽ ഋഷികൾ ഇതൊക്കെ ചർച്ച ചെയ്തു ജനകമഹാരാജാവിന്റെ സദസ്സിലൊക്കെ ചർച്ച ചെയ്തു എങ്ങനെ കണ്ടെത്താം എവിടെ പൂർണ്ണ തൃപ്തി വരും ശാന്തി എവിടെ വരും എന്നൊക്കെ അന്വേഷിച്ചു എന്ന് ആ എന്നിട്ട് ഋഷികൾ ഒരേപോലെ പറഞ്ഞു തന്റെ ഉള്ളില് തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കും തന്നെ അറിഞ്ഞാൽ സകല ദുഃഖങ്ങളും അവസാനിക്കും അത്രയുള്ളൂ കാര്യം നാളെ മുതൽ നിങ്ങൾ കേൾക്കാൻ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓഡിയൻസ് ഒന്നും പ്രശ്നമല്ല ഇതെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ വെച്ചുകൊണ്ട് രാമകൃഷ്ണപുരം പറയും സ്വാതി നക്ഷത്രത്തില് മഴ പെയ്യുമ്പോ മുത്തുണ്ടാക്കണ ജീവി സമുദ്രത്തുനിന്ന് പുറത്തു വരുവത്ര എന്നിട്ട് വായ പൊളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഒരു വെള്ളം കിട്ടാനായിട്ട് എന്നിട്ട് മഴയിൽ ഡ്രോപ്പ് വെള്ളം അതിന്റെ വായിൽ വീണാൽ അതും കൊണ്ട് സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് പോവും അവിടെ ഇരുന്ന് ഉറുത്തി ഉറുത്തി ഉറുത്തി ഉറുത്തി ഒരു മനോഹരമായി മുത്തുണ്ടാക്കി അതവിടെ മരിക്കും അതുപോലെ ഉത്തമ ജിജ്ഞാസുകൾ സത്യം കിട്ടാനായിട്ട് കാത്തുകൊണ്ടിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പണി എന്താ അതിനെ വെച്ചുകൊണ്ട് ധ്യാനമാണ് സത്യത്തിനെ പൂർണ്ണമായി പ്രകാശിപ്പിക്കാനുള്ള തപസ്സാണ് തപസ്സിനുള്ള വിത്താണത് വിത്ത് എന്താ സത്യത്തിനെ തന്നിൽ കണ്ടെത്തണം അതാണ് തപസ് നമ്മളുടെ സത്സംഗവും ഒക്കെ അതാണ് സത്സംഗത്തിന്റെ പ്രയോജനം എന്താ നമ്മിലേക്ക് തിരിയാനുള്ള ശക്തി ആർജിക്കാം തന്നിൽ കണ്ടെത്തണം തന്റെ സ്വരൂപത്തിൽ കണ്ടെത്തണം തന്നെ താൻ അറിയണം ഋഷികളെല്ലാരും ഇതിനെ പറഞ്ഞു വെച്ചു തമേകം തമേവൈക്കം ജാനധ ആത്മാനം അന്യാവാചോ വിമുഞ്ചഥ അമൃതസ്യേഷ സേതുഹു അമൃതാനന്ദത്തിന്റെ ആ ഫൗണ്ടൻ ഹെഡ് പെട്ടിപ്പൊളിക്കാനായിട്ട് അവിടെ തുറക്കാനായിട്ട് തന്റെ ഹൃദയത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു ബഹിർമുഖമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ അന്തർമുഖമായി തിരിച്ച് നിശ്ചലവും ജനനമരണശൂന്യവും ബോധസ്വരൂപവുമായ ആത്മവസ്തുവിനെ തന്റെ ഹൃദയത്തിൽ കണ്ടെത്തണം അനന്തമായ സത്യത്തിന് ഇത് ഋഷികളെല്ലാരും പറഞ്ഞു വെച്ചു ഉപനിഷത്തുകൾ അങ്ങനെ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞു വെച്ചപ്പോഴും സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു തെറ്റിദ്ധാരണ വന്നു എന്താ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഇതറിയണമെങ്കിൽ സന്യാസം എടുക്കണം എന്നിട്ട് കാട്ടിലെവിടെയെങ്കിലുമൊക്കെ പോയി ശബ്ദം കേൾക്കാത്ത സ്ഥലത്ത് ഇരിക്കണം ശബ്ദം കേട്ട കോൺസെൻട്രേഷൻ പോവും ചിലർക്കൊക്കെ അങ്ങനെയാണ് മെഡിറ്റേഷന് വീട്ടിലിരിക്കുമ്പോൾ അടുക്കളയിൽ ഒരു പാത്രം വീണ വീട് കുരുക്ഷേത്രമാവും ഇയാളുടെ കോൺസെൻട്രേഷൻ പോയി അപ്പോ ശബ്ദം കേൾക്കാതെ ഏകാന്തത്തിൽ ഒരു ഗുഹയിലിരിക്കണം എന്നാലേ ഈ സത്യത്തിനെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നൊരു ഒരു ഭ്രമം ജനങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഉപനിഷത്തുകൾ അധികവും വനങ്ങളിലൊക്കെ നടക്കുന്നു ചിലതൊക്കെ രാജസദസ്സിലും നടന്നിട്ടുണ്ട് എന്നാലും അവർക്ക് തൃപ്തിയില്ല അപ്പൊ വ്യാസഭഗവാന് ഈ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് നിശ്ചയിച്ചു വ്യാസഭഗവാൻ കാട്ടിലോ ഗുഹയിലോ അല്ല സത്യത്തിനെ കണ്ടെത്തുന്നത് ഹൃദയത്തിലാണ് ഹൃദയത്തിൽ സത്യം കണ്ടെത്തിയാൽ എവിടെ വേണമെങ്കിലും തൃപ്തിയായിട്ടിരിക്കാം ഭഗവാനെ ഹൃദയത്തിൽ കണ്ടെത്തിയാൽ ബ്രഹ്മചാരിയോ സന്യാസിയോ വാനപ്രസ്ഥനോ ആർക്ക് വേണമെങ്കിൽ തൃപ്തിയായിരിക്കാം മൂന്ന് ശ്ലോകം ശിവാനന്ദ ലഹരിയിൽ നരത്വം ദൈവത്വം നഗവനമൃഗത്തശു കീടത്തം വിഹഗവാദിജനം സദാ ത്പാദബസ്മരണ പരമാനന്ദ വിഹാരാസക്തം ചേദ്ഹൃദയഹന വപുഷാ വടുർവാഗേ യതിരപ്പ ജീവാ തതിതരോ നരോയശിം തേനതി യദീയം ഹൃത്പത്മം അധീനം പശുപത്തെ തദീയസ്വംഭോസിഭാരം ചുഹേവാ പുനരപി വനേവാ അദ്രിശിഖരേ ജലേ വന്നൗ വസു വസദേദം സദൈ യമി ശംഭോ തവ പദേ സ്ഥിതശേത് യോഗോ സൗ സച പരമയോഗീ സച സുഖീ ഈ മൂന്ന് ശ്ലോകത്തിലോ ആചാര്യസ്വാമികൾ പറയുന്നു മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ നരത്വം ദേവത്വം ദേവനാവട്ടെ മൃഗത്വം മശകത്വം ഒരു കൊതുകായി ജനിച്ചാലും വേണ്ടില്ല ഒരു കീടമായിട്ട് ജനിച്ചാലും വേണ്ടില്ല ഹൃദയത്തിലെ ശിവധ്യാനമുണ്ടെങ്കിൽ ശിവൻ എന്ന് വെച്ചാൽ ആരാ ആത്മാ തന്നെ ശിവൻ ആത്മാത്വം ഗിരിജാമതി ആത്മധ്യാനമുണ്ടെങ്കിൽ ആ ജീവൻ പരമാനന്ദലഹരി വിഹാരാസക്തം ചെയ്ത് ആ പരമാനന്ദ ലഹരിയിൽ രമിക്കുകയാണെങ്കിൽ ശരീരം മൃഗമായാൽ എന്താ മനുഷ്യനായാലെന്താ ഏത് യോനിയിൽ ജനിച്ചാലെന്താ അല്ല സന്യാസം എടുക്കണ്ടേ ഇല്ല വടുർവാഹീവ യതിരപി ജടീവാ തതിതരോ നരോ യഹ കശ്ചിത്ഭവു ബ്രഹ്മചാരിയായിട്ടിരിക്കട്ടെ ഗൃഹസ്ഥനായിരിക്കട്ടെ വാനപ്രസ്ഥനായിരിക്കട്ടെ സന്യാസി ആയിരിക്കട്ടെ അല്ല ആരോ ആവട്ടേതാണ് യഹിത് അതുകൊണ്ട് എന്താ കാര്യം ശരീരം കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഡ്രസ്സും കളറും ഒക്കെ മാറിയിട്ട് എന്ത് പ്രയോഗിക്കണം യദീയം ഹൃ പത്മം ആരുടെ ഹൃദയപത്മം ഭഗവാൻ അധീനമായിട്ടിരിക്കുന്നു ഭഗവാൻ ആരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു തദീയസ്ത്വം ശംഭോഭവസി ഭഗവാൻ അയാളുടെ ആയിത്തീരണെന്ന് വെച്ചാൽ അയാൾക്ക് സ്വന്തമായി എന്നർത്ഥം ആത്മാ അയാളിൽ പരിപൂർണമായി പ്രകാശിക്കുന്നു അതുപോലെ ഗുഹായാം ഗേഹേവാ എന്നാൽ വീട്ടിലിരുന്നാ പറ്റുമോ ഗുഹയിലിരിക്കണ്ടേ ചിലരൊക്കെ വെള്ളത്തിന്റെ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ജലേവാ വന്വൂ വ അഗ്നിയുടെ നടുവിൽ എവിടെ ഇരുന്നിട്ടും കാര്യമില്ല ഹൃദയത്തിൽ ഇരിക്കണം രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ധ്യാനിക്കാൻ ഏറ്റവും നല്ല ആസനം ഏതാണെന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു നിധിധ്യാസനം എന്നാണ് പുറത്തുള്ള ആസനമല്ല നിതിധ്യാസനം നിതിധ്യാസനം എന്ന് വെച്ചാൽ ആത്മാവിലിരിക്കുക എന്നർത്ഥം പുറത്ത് ആസനം എന്തു വേണമെങ്കിൽ ഉണ്ടാക്കിയിടാം അല്ലെ മാൻതോലും ഇരിക്കാം മെഡിറ്റേഷൻ പ്രത്യേകം ഒരു ആസനം ഉണ്ടാക്കാം പക്ഷെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ധ്യാനം വരണ്ടേ അതിനെവിടെ പോവും അപ്പോൾ ഹൃദയത്തിൽ ആത്മധ്യാനം ആത്മസ്മരണ ആത്മസാക്ഷാത്കാരം ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യം അല്ലാതെ ശരീരത്തിനെ മാറ്റിമറിക്കുന്നത് കൊണ്ടോ കാട്ടിൽ പോണതുകൊണ്ടോ ഗുഹയിൽ പോ നമ്മൾ ഹിമാലയത്തിൽ പോയാൽ സുഖം ഉണ്ടാവുന്നൊക്കെ വിചാരിക്കും പലരും അങ്ങനെ വിചാരിക്കേണ്ട എനിക്ക് എവിടെയെങ്കിലും ഹിമാലയത്തിൽ ഒരിടത്ത് പോയിരിക്കണം അത് വിചാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വേണമറിയോ ഹിമാലയത്തിലൊക്കെ ഒന്ന് ചുറ്റിയിട്ട് അവിടെ ഇരിക്കുന്ന പല ആളുകളുടെ കൂടെ ഒരു പപ്പത്ത് ദിവസം ഇരുന്ന് നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ അവർക്കും ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോഴേ നമുക്ക് കുറച്ച് വിവരം വയ്ക്കുള്ളൂ പ്രശ്നത്തിനെ വിട്ട് ഒരു സ്ഥലത്തിലേക്ക് ഓടാൻ പറ്റില്ല ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രശ്നത്തിനെ പരിഹരിച്ചിട്ട് കളിയായിട്ട് വേണമെങ്കിൽ ഹിമാലയത്തിലേക്കോ സ്വർഗത്തിലേക്കോ കൈലാസത്തിലേക്കോ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ ഇവിടുന്ന് പ്രശ്നം പരിഹരിച്ചാൽ ഇഹചേതേദി തഥ സത്യമസ്തി മഹതീ വിനഷ്ടി ഉപനിഷത്ത് പറഞ്ഞു ഇവിടെ ഇപ്പൊ തന്നെ ആ സത്യത്തിനെ അറിഞ്ഞാൽ സത്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം ഏ ഞാൻ റിട്ടയറായിട്ട് ചെയ്യാമെന്നോ ഹിമാലയത്തിൽ പോയിട്ട് ചെയ്യാമെന്നോ ഗുഹയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യാമെന്നോ ഒക്കെ കാലത്തിനെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ടൈം ക്യാൻ നെവർ ഹീൽ യുവർ പ്രോബ്ലംസ് ഒരു സമയത്തും നമുക്ക് പരിഹരിക്കപ്പെടില്ലേ ആ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഋഷികൾ കണ്ടുപിടിച്ച ആ സത്യത്തിന് വ്യാസഭഗവാൻ എന്ത് ചെയ്തു എല്ലാവർക്കും പ്രാപ്യമാണെന്നാക്കണം മഹർഷി രമണ മഹർഷിയോടൊരു ഗൃഹസ്ഥൻ ചോദിച്ചു സ്വാമി ഞാൻ സന്യാസം എടുക്കട്ടെ കുടുംബമൊക്കെ ഉപേക്ഷിച്ചു പോകട്ടെ എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു ഈ കുടുംബക്കാരെ തന്നെ എന്ത് എന്നാലും ഗൃഹസ്ഥനായിട്ടിരുന്നാൽ ആത്മസാക്ഷാത്കാരം പറ്റുമോ അപ്പൊ മഹർഷി അയാളോട് ചോദിച്ചു നീ ഇപ്പൊ ഗൃഹസ്ഥൻ ഗൃഹസ്ഥൻ പറയണോ കുറച്ചു കഴിഞ്ഞ് കാഷായം കൊടുത്താൽ ഞാൻ സന്യാസി സന്യാസി പറയും രണ്ട് സ്ഥലത്തും ശരീരാഭിമാനം തുല്യം ശരീരത്തിനെയല്ലേ ഇപ്പൊ ഗൃഹസ്ഥൻ പറയണത് കുറച്ചു കഴിഞ്ഞാൽ ശരീരത്തിനെ സന്യാസി എന്ന് പറയും ശരീരത്തിൽ എത്ര കാലം അഭിമാനമുണ്ടോ അത്ര കാലം പൂർണ്ണ ശാന്തി ഉണ്ടാവില്ല ഗൃഹസ്ഥനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഗൃഹസ്ഥനാണെന്നുള്ള വിചാരത്തിനെ വിട്ടിട്ട് തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അന്വേഷിച്ച് ബോധം തെളിഞ്ഞു വന്നാൽ താൻ ആത്മാവാണെന്ന് ഉള്ള സ്ഥലത്ത് അറിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം തന്നെ തൃപ്തിയായിരിക്കും എവിടെയിരിക്കണോ അവിടെ തന്നെ തൃപ്തി കണ്ടെത്താം തൃപ്തി ഉള്ളിലാണ് കണ്ടെത്തേണ്ടത് ശാന്തി ഉള്ളിലാണ് കണ്ടത് ഇതാണ് സത്യം ഇനിയിപ്പോ ഇതിന് സൗകര്യപ്പെടുന്ന പോലെ പുറമേക്കൊക്കെ സിറ്റുവേഷനൊക്കെ കുറച്ച് മാറ്റിക്കൊള്ളാം വേണമെങ്കിൽ അത്രയുള്ളൂ പക്ഷേ ലക്ഷ്യം എവിടെയാ പുറമേക്ക് മാറ്റിയത് കൊണ്ടൊന്നും സംഭവിക്കില്ല പക്ഷെ പുറമേക്ക് മാറ്റണ്ട എന്നല്ല ചിലതൊക്കെ സൗകര്യമാണെന്ന് തോന്നുന്നു വെച്ചാൽ ചെയ്തോളാം അത്രയുള്ളൂ ഈ ഒരു തെറ്റിദ്ധാരണ നീക്കം അതിന് വ്യാസഭഗവാൻ മഹാഭാരതത്തില് ഈ ബ്രഹ്മവിദ്യയെ അവതരിപ്പിച്ചു ശ്രീകൃഷ്ണ അതിനെ പറഞ്ഞു എവിടെ വെച്ചാ പറഞ്ഞത് കാട്ടിലല്ല ഇതുപോലെ ഒരു അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ഹാളിൽ വെച്ചല്ല നല്ല ഒരു സദസ്സിൽ വെച്ചല്ല ഇതുപോലെ ഉദ്ഘാടനം ചെയ്ത് വിളക്ക് കൊളുത്തിയിട്ടല്ല മന്ത്രം ചൊല്ലിയിട്ടല്ല കുത്തും കൊലയും നടക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ആളുകൾ തമ്മിൽ കൊല്ലാൻ നിൽക്കുന്ന യുദ്ധഭൂമിയിൽ അവിടെ മുഴുവൻ ചുറ്റും വയലൻസാണ് അതിൻ്റെ നടുവിൽ ലോകത്തിനെ മുഴുവൻ നോൺ വയലന്റ് ആക്കിയിട്ട് നമുക്ക് ശാന്തി നേടാമെന്ന് വെച്ചാൽ ഒരിക്കലും സത്യമല്ല ഭഗവാൻ പറഞ്ഞത് ശാന്തിയെ യു ഹാവ് ടു ഫൈൻഡ് പീസ് അമിഡിസ്റ്റ് ദിസ് വയലന്റ് വേൾഡ് അല്ലാതെ ലോകം മുഴുവൻ നോൺ വയലൻസൊക്കെ പറയാം എന്നല്ലാതെ ഇതുവരെ സാധിച്ചിട്ടില്ല യുധിഷ്ഠിരം പറഞ്ഞു യുദ്ധം കഴിഞ്ഞപ്പോഴേ യാസനോട് നാരദനോട് പറഞ്ഞോ യോ ഇത്രയോക്ക് കുത്തുംകൊലയും നടന്നുവല്ലോ മരണം നടന്നുവല്ലോ നാരദൻ പറഞ്ഞു ധർമ്മപുത്രരേ ഇതാണ് ലോക നിയമം നിങ്ങൾ ഇത്ര ധർമ്മം പഠിച്ചിട്ട് ഇത് മനസ്സിലാക്കിയില്ലേ അഹസ്താനി സഹസ്താനാം ദ്വിപദാനി ചതുഷ്പദാം ഭൽഗൂനി തത്രമഹതാം ജീവോ ജീവസ് ജീവനം ലോകത്തിന്റെ നിയമം എന്താന്ന് വെച്ചാൽ മഴ പെയ്ത പാറ്റവരും പാറ്റ വന്ന് പറക്കുമ്പോ അഞ്ചു മിനിറ്റ് വേണ്ട ആര് ലെറ്റർ അയച്ചു എന്നറിയില്ല തവളകളൊക്കെ വരും ആ പാറ്റയെ തിന്നാനായിട്ട് തവള പത്തെണ്ണം വന്നാൽ എവിടെ നിന്ന് അറിയില്ല പാമ്പ് വരും ആ തവളയെ തിന്നാനായിട്ട് പാമ്പിനെ പിടിക്കാനുള്ള ജീവി ഉണ്ടെങ്കിൽ അത് വരും ആരംഭം പറയണ അഹസ്താനി സഹസ്താനം ഒരു ജീവിക്ക് ഇനിയൊരു ജീവി ഭക്ഷണം ഇങ്ങനെ കൊല്ലാതെ തിന്നുക ഭക്ഷണം ആക്കുക എന്നുള്ളത് പ്രകൃതിയിൽ ഉണ്ടേ അതിനൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല പിന്നെ അങ്ങയ്ക്ക് വേണമെങ്കിൽ ശാന്തി കണ്ടെത്താം അങ്ങയ്ക്ക് വേണമെങ്കിൽ അങ്ങയുടെ ഉള്ളിൽ പൂർണ്ണത നേടാം പക്ഷേ ലോകത്തിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കരുത് യുദ്ധഭൂമിയിൽ അപ്പോൾ ചുറ്റും യുദ്ധം നടക്കണു കുത്തും കൊലയും നടക്കാൻ പോകണു അതിൻ്റെ നടുവിൽ വെച്ചാണ് ഉന്നതമായ ഉപനിഷത്തത്വം പരമാത്മതത്വം ആത്മതത്വം ഭഗവാനെ കൊണ്ട് പറയിപ്പിച്ചത് അർജുനന്റെ അടുത്ത് എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ നമ്മളെ ഒക്കെ ഒന്ന് ഉറപ്പിക്കണം അല്ലെങ്കിൽ ആളുകൾ പറയൂ കുടുംബത്തിലിരുന്നിട്ട് പറ്റുമോ അതിന് വ്യാസൻ നമ്മളോട് ചോദിക്കുന്നത് യുദ്ധഭൂമിയിൽ പറ്റുമെങ്കിൽ അടുക്കളയിൽ എന്തുകൊണ്ട് പറ്റില്ല വ്യാസന്റെ ചോദ്യം അതാണ് യുദ്ധഭൂമിയിൽ സാധ്യമാണെങ്കിൽ ഓഫീസിൽ എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് അടുക്കളയിൽ എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് അപ്പൊ എവിടെ വേണമെങ്കിലും സാധ്യമാവണം ഉപാനദ് ഗൂഢപാതനു ചർമാവൃത്തു ഒരാള് കാട്ടിൽ പോകുമ്പോ കാട്ടിൽ മുഴുവൻ തോൽപ്പായ വിരിക്കാൻ പറ്റില്ല കാലില് ചെരുപ്പിട്ട് നടന്നാൽ കാട് മുഴുവൻ വിരിച്ചു പ്രശ്നത്തിനെ ഇവിടെ പരിഹരിച്ചാൽ ലോകത്തിലുള്ള ദുഃഖങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു അല്ലാതെ ലോകം മുഴുവൻ മാറ്റിമറിക്കാനോ പ്രശ്നം പരിഹരിക്കാനോ സാധ്യമല്ല സാധ്യമാണ് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചോളാം കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സത്യം മനസ്സിലാവും വിവേകാനന്ദ സ്വാമികൾ ഇത്രയൊക്കെ പ്രസംഗിച്ച ആള് അവസാനമാവുമ്പോൾ പറഞ്ഞു ഈ ലോകം നായുടെ വാലുമാതിരിയാണ് പിടിച്ചു നിവർത്താൻ ശ്രമിക്കൂ അത് വളയും പക്ഷെ ആ ശ്രമത്തിൽ ഒരു പ്രയോജനമുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ഒടുവും വളവും ഒക്കെ കിട്ടും അജ്ഞാനം കുറച്ച് കുറച്ച് മാറി ഇതൊക്കെ നിവർത്താം മാറ്റാം എന്നുള്ളതൊക്കെ വിചാരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി നമ്മളാരും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മളുടെ അഹങ്കാരം അസ്തമിക്കും അത് അസ്തമിക്കാൻ ഇത് പ്രയോജനപ്പെടും അല്ലാതെ ലോകത്തിനെ മാറ്റിമറിക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല അട്ടെ അപ്പോ സത്യത്തിനെ നമ്മിൽ കണ്ടെത്തണം നമ്മളുടെ ഉള്ളില് കണ്ടെത്തണം ഹൃദയത്തിൽ കണ്ടെത്തണം അതിനുള്ള പുറപ്പാടാണ് ഗീതയുടെ യുദ്ധഭൂമിയുടെ നടുവിൽ യുദ്ധഭൂമിയിൽ രണ്ട് സൈന്യവും സന്നദ്ധമായിട്ട് നിൽക്കുന്നു മഹാഭാരതത്തില് ഗീത അവതരിപ്പിക്കപ്പെടുന്നത് ഭീഷ്മപർവത്തിലാണ് ഭീഷ്മപർവത്തിൽ അതായത് യുദ്ധം തുടങ്ങി പത്താമത്തെ ദിവസം പത്ത് ദിവസം ഭീഷ്മ യുദ്ധം ചെയ്തു പതിനെട്ട് ദിവസത്തെ യുദ്ധത്തിൽ പത്ത് ദിവസം അദ്ദേഹമാണ് യുദ്ധം ചെയ്തത് പത്താമത്തെ ദിവസം വരെ ധൃതരാഷ്ട്രർ ധൃതരാഷ്ട്രോട് ആദ്യം വ്യാസഭഗവാൻ പറഞ്ഞു യുദ്ധം നടക്കുന്നതൊക്കെ വിവരിച്ചു തരാൻ ഒരാളെ ഏർപ്പാടാക്കട്ടെ എന്ന് ചോദിച്ചു ടെലികാസ്റ്റ് അങ്ങയ്ക്ക് തന്നെ കാണാൻ ഉള്ള ശക്തി തരാമെന്ന് പറഞ്ഞു ധൃതരാഷ്ട്രോട് ധൃതരാഷ്ട്രർ പറഞ്ഞു അയ്യോ എനിക്ക് കാണാനുള്ള കരുത്തില്ല വേണ്ട ധൃതരാഷ്ട്രർക്ക് അതിനു മുമ്പ് ഒരു ദർശനം ഉണ്ടായി കൃഷ്ണൻ ദൂതിന് വന്നപ്പോ ഒരു വിശ്വരൂപ ദർശനം ഉണ്ടായി അത് കണ്ടപ്പോ ധൃതരാഷ്ട്രർ പറഞ്ഞു എനിക്കിത് മതി ഇനി കാണി കാഴ്ച വേണ്ട എന്ന് പറഞ്ഞു അത്രയ്ക്കുള്ള വിവരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ ഇനി കാണേണ്ടെന്നായി ദുര്യോധനനും കണ്ടു കിട്ടും അതൊക്കെ വിശ്വരൂപമൊക്കെ പക്ഷെ ദുര്യോധനം പറഞ്ഞു മാജിക്കാണോ പറഞ്ഞു ഒന്നും കൂട്ടാക്കിയില്ല അപ്പൊ ധൃതരാഷ്ട്രർക്ക് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോ ധൃതരാഷ്ട്രർ പറഞ്ഞു എനിക്ക് വേണ്ട വേറെ ആരെങ്കിലുമൊക്കെ കണ്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി റേഡിയോ കമൻട്രി മതി ഡയറക്റ്റ് ആയിട്ട് എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞു കാണുന്നവർ പറയണത് കേട്ടാൽ മതി അപ്പോ സഞ്ജയനെ അതിനേർപ്പാടാക്കി ധൃതരാഷ്ട്രം പറഞ്ഞു ഇപ്പൊ ഒന്നും കേൾക്കണ്ട ഭീഷ്മർ ഉള്ളപ്പോ എന്ത് പേടിക്കാനാ ഭീഷ്മർ യുദ്ധം ചെയ്യുമ്പോ എന്ത് ഭയപ്പെടാനാ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല യുദ്ധമൊക്കെ അവസാനിക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ കേൾക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് പത്താമത്തെ ദിവസം ഒരു പർവ്വതം കടപഴകി വീണ പോലെ ഭീഷ്മ പിതാമഹൻ വീണു ഭീഷ്മർ വീണു എന്നുള്ള വാർത്തയും കൊണ്ട് ഓടി വന്ന് ധൃതരാഷ്ട്ര അടുത്ത് വന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ വയ്യ ഭീഷ്മർ നലമ്പതിക്ക് അപ്പൊ ഇനി എന്തും സംഭവിക്കാം ഭീഷ്മർ നിലമ്പതിച്ചു എന്ന് വെച്ചാൽ ഇനി എന്തും സംഭവിക്കാം അപ്പോഴാണ് സഞ്ജയനെ വിളിച്ചത് മുമ്പിൽ കൊണ്ടുവന്നിരുത്തി സഞ്ജയനെയും മുമ്പിൽ കൊണ്ടുവന്നിരുത്തി സഞ്ജയൻ എന്നുള്ള വാക്കിനും ധൃതരാഷ്ട്ര എന്നുള്ള വാക്കിനും അർത്ഥം ധൃതരാഷ്ട്രർ നമുക്കറിയാം രണ്ട് കണ്ണുമില്ലാത്ത ആള് രണ്ട് കണ്ണുമില്ലാത്ത അന്ധൻ ജന്മനാ അന്ധനാണ് അദ്ദേഹം ഈ ജീവനാണ് ധൃതരാഷ്ട്രം അദ്ദേഹത്തിന് പുറത്തും കണ്ണില്ല അകത്തും കണ്ണില്ല പറഞ്ഞു കൊടുത്താലും അറിയില്ല അങ്ങനത്തെ ഏർപ്പാടാണ് അദ്ദേഹത്തിന്റെ ആ ധൃതരാഷ്ട്രർ ജീവൻ ആ ജീവന്റെ വഴി കാണിച്ചു കൊടുക്കേണ്ട ആളാണ് പത്നി അല്ലെ ഒരാൾക്ക് അയാൾക്ക് വഴി അറിയില്ലെങ്കിൽ പത്നി വഴി കാണിച്ചു കൊടുക്കണം അപ്പൊ ഗാന്ധാരി ബുദ്ധിയാണ് ബുദ്ധി വഴി കാണിച്ചു കൊടുക്കണം പക്ഷേ ആ അമ്മ എന്ത് ചെയ്തു താനും കണ്ണ് കെട്ടി അല്ലെ താനും കണ്ണുകെട്ടി എന്തോ ഒരു വിപരീതമായിട്ടൊരു അറിവ് ഭർത്താവിനെ അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കുമെങ്കിലും ചെയ്യാമായിരുന്നു മക്കളെ നല്ല വിധത്തിൽ വളർത്തുവെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ ആ അമ്മയും കണ്ണുകെട്ടി എന്ന് ബുദ്ധി ഇരുട്ട് നിറഞ്ഞു എന്നർത്ഥം വഴി കാണിച്ചു കൊടുക്കേണ്ട ബുദ്ധിയും സഹായിക്കേണ്ട ബുദ്ധിയും സ്വയം കണ്ണുകെട്ടിയപ്പോ അത്തരത്തിൽ അജ്ഞാനം കൊണ്ട് ആവൃത്തമായ ജീവന് ജനിക്കുന്ന നൂറ്റിക്കണക്കിനുള്ള രാഗദ്വേഷ വാസനകൾ ആശകളാണ് ഈ കൗരവുമാർ മുഴുവൻ കൗരവുമാർ മുഴുവൻ അങ്ങനെ ജനിക്കണമരാം ഗാന്ധാരി നല്ല ഒരു ശ്രമിച്ചു ഭാര്യയായിട്ടിരുന്നു പക്ഷെ അമ്മയായില്ല അമ്മയ്ക്ക് എങ്ങനെ വേണോ അതുപോലെ ഇരിക്കാൻ പറ്റിയില്ല അവർക്ക് ജനിച്ച കുട്ടികളൊക്കെ എങ്ങനെ ജനിച്ചു വ്യാസഭഗവാൻ മന്ത്രോപദേശം ചെയ്തു കൊടുത്തു നൂറു മക്കളോ ഉണ്ടാവാനായിട്ട് മന്ത്രോപദേശം ചെയ്ത് കൊടുത്ത് കുറെ നേരം ഗർഭം വെച്ചുകൊണ്ടിരുന്നു പക്ഷെ ഗർഭം പൂർണ്ണമായി പ്രസവിക്കുന്നതിന് മുമ്പ് കുന്തി പ്രസവിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോ വിഷമിച്ച് വൈറ്റത്തിടിച്ചിട്ട് മാംസപിണ്ടം പുറത്തു വന്നു നോക്കണം ഈ നൂറുപേരും മാംസപിണ്ടത്ത് നിന്നാണ് ജനിക്കുന്നത് അതായത് ആഗ്രഹങ്ങൾ എവിടുന്നാ ഉണ്ടാവുക ആശ എവിടുന്നാ ഉണ്ടാവുക മാംസപിണ്ടത്തുന്നു വെറും ജഡത്തിൽ നിന്നും ഉണ്ടാവുന്നത് അർത്ഥം ജഡത്തിനെ സത്യമെന്ന് കരുതി ജടവസ്തുക്കൾ സത്യമെന്ന് കരുതി ഭ്രമിക്കണതിൽ നിന്നും നാമരൂപ പ്രപഞ്ചം സത്യമെന്ന് കരുതി ഭ്രമിപ്പിക്ക ഭ്രമിപ്പിക്ക ഭ്രമിക്കണതിൽ നിന്നും ഉണ്ടാവണതാണ് ഈ ആഗ്രഹം അപ്പൊ ഈ ജഡമാംസപിഡം ഒരു മാംസപിണ്ഡത്തിനെയാണ് ഗാന്ധാരി പ്രസവിച്ചത് വ്യാസഭഗവാൻ എന്ത് ചെയ്തു ആ മാംസപിണ്ഡത്തിനെ നുറുക്കി നൂറുകൊടത്തിലിട്ടും ഒരു കഷ്ടം മിച്ചമുണ്ട് ഒരു പെൺകുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹമുണ്ട് ശരി അതും ആയിക്കോട്ടെ അതും മുറിച്ചിട്ടും നൂറ്റിയൊന്ന് സങ്കല്പിച്ചു നൂറെണ്ണവും ഒരു പെൺകുട്ടി നൂറ്റിയൊന്നും എല്ലാം കൂടെ മാംസപിണ്ടത്തുനിന്ന് ജനിച്ചു ഇതൊക്കെ താത്വികമായിട്ടുള്ള വ്യാഖ്യാനം ഇതിലൊന്നും കൊണ്ടുപോയിട്ട് കുറ്റവും കുറവ് എന്താ അങ്ങനെ പറഞ്ഞത് ഞാനിങ്ങനെ പറഞ്ഞപ്പോ ധൃതരാഷ്ട്രരെ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല കേട്ടോ എന്ന് ഒരാൾ പറഞ്ഞു എന്നോട് ധൃതരാഷ്ട്രയൊന്നും നമ്മൾ കുറ്റം പറയണില്ല നമ്മളിവിടെ ആത്മതത്വം പറയാനായിട്ട് ഇതൊരു വേദി ഒരുക്കണം അത്രയുള്ളൂ ആരെയും കുറ്റം പറയാനല്ല മാംസപിണ്ടത്താണ് ജനിച്ചത് ഈ നൂറ്റവരും മറ്റേ വശത്ത് നോക്കുക കുന്തി നല്ലൊരു അമ്മയായിരുന്നു മാതൃ പോലെ തന്നെ സതി ചെയ്യാമായിരുന്നു അന്നത്തെ കാലത്ത് അവര് വലിയൊരു ഭാഗ്യമായിട്ട് കരുതിയിരുന്നതാ എന്നിട്ടും മാതൃയെ സതിക്ക് അനുവദിച്ച് മക്കളെ നോക്കാനായി മാതാവായിട്ട് നിന്നു അഞ്ചു പേരും ജനിച്ചതോ ദേവന്മാരെന്നും ദേവാംശങ്ങളാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ദേവാംശങ്ങളാണ് പാണ്ഡവർ അഞ്ചു പേരും ദേവാംശങ്ങളാണ് അപ്പൊ ഈ അഞ്ചു പേർ അഞ്ച് പാണ്ഡവര് ദേവാംശജരായിട്ട് ജനിച്ചു കൗരവര് ഇവിടെ മാംസത്തു നിന്നാണ് ജനിക്കുന്നത് ഇവര് തമ്മിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ കുരുക്ഷേത്രം എന്ന് വെച്ചാൽ ഈ ശരീരമേ ക്ഷേത്രമാണ് ഈ ദേഹമേ ക്ഷേത്രമാണ് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത ഭഗവാൻ തന്നെ പറയണ ഈ ശരീരം ക്ഷേത്രമാണ് ക്ഷേത്രം എന്ന് വെച്ചാൽ അമ്പലം എന്നുള്ള അർത്ഥമല്ല അമ്പലമെന്നും അർത്ഥം പറയാം അമ്പലമെന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫീൽഡ് പാടം എന്നാണ് അർത്ഥം കഴിഞ്ഞ ജന്മത്തില് പാകിയ വിത്ത് കൊയ്യുന്ന പാഠം പാടമാണ് ഈ ശരീരം ഇതം ശരീരം കൗന്തേയാ ക്ഷേത്ര വിത്യവിധീയത അപ്പൊ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തില് ശരീരമാവുന്ന ക്ഷേത്രം കുരുക്ഷേത്രം കർമ്മക്ഷേത്രമാണ് ആ കുരുക്ഷേത്രത്തില് പാണ്ഡവരും കൗരവരും ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും ഇതൊക്കെ ഗീതയെ വെച്ചുകൊണ്ട് തന്നെ വ്യാഖ്യാനം ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞതാണ് ദൈവീ സമ്പത്ത് ആസുരീ സമ്പത്ത് ഇത് രണ്ടും നിൽക്കണം അതില് ഈ ശരീരമാവുന്ന കുരുക്ഷേത്ര ഭൂമി കർമ്മരംഗത്തിലേക്ക് ജയിക്കാനായിട്ട് വന്നിരിക്കുന്ന രഥങ്ങൾ അനേകം നിറന്നു നിൽക്കണു ഓരോ രഥങ്ങളും ശരീരമാണ് ശരീരമാവുന്ന രഥം ആ ശരീരമാവുന്ന രഥത്തിനെയും കൊണ്ട് അനേകം യോദ്ധാക്കൾ വന്നു നിൽക്കണു യുദ്ധം ചെയ്യാനായിട്ട് കാത്തുകൊണ്ട് നിൽക്കണം ഓരോ ശരീരവും രഥമാണ് ഈ ദേഹം ഒരു രഥം ആത്മാനം രഥിനം വിധി ശരീരം രഥമേ ബുദ്ധിം തുസാരഥിം വിദ്യാത് മനഃപ്രഗ്രഹമേവ ഇന്ദ്രിയാഹു വിഷയാൻസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭഹുർ മനീഷിണ കഠോപനിഷത്ത് ശരീരത്തിനെ രഥമായി കൽപ്പിച്ചിരിക്കുന്നു ഈ ശരീരം ഒരു രഥം അതിൽ സഞ്ചരിക്കുന്ന ജീവൻ രഥി അഞ്ചു ഇന്ദ്രിയങ്ങളും അഞ്ചു കുതിരകള് അതിനെ കെട്ടിയിരിക്കുന്ന കയറു മനസ് പിടിച്ചിരിക്കുന്ന സാരഥി ബുദ്ധി അതിൽ സഞ്ചരിക്കുന്ന രഥിയുണ്ടല്ലോ ജീവൻ ഈ രഥം സഞ്ചരിക്കണ മാർഗമോ വിഷയങ്ങള് അതില് മുഖ്യമായിട്ടുള്ള ആളാരാ സാരഥി സാരഥി നന്നാണെങ്കിൽ രഥം ലക്ഷ്യത്തിലെത്തും അല്ലേ രഥി ഒന്ന് തളർന്നു പോയാൽ പോലും സാരഥി പിടിച്ചിരുത്തും അതിന് ഉദാഹരണമാണ് അർജുനനും കൃഷ്ണനും വ്യാസഭഗവാൻ അത്ഭുതമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു അർജുനനും കൃഷ്ണനും അർജുനനും ഒന്ന് തളർന്നു പോയപ്പോ കൃഷ്ണ ഭഗവാൻ പിടിച്ചു ഉയർത്തി അർജുനനെ എന്താന്ന് വെച്ചാൽ വിജ്ഞാനസാരഥി ഉപനിഷത്തിന്റെ വാക്കൽ പറഞ്ഞാൽ വിജ്ഞാനസാരഥിയാണ് കൃഷ്ണൻ എന്നാൽ മറ്റേ വശത്തൊരാളുണ്ട് ഇതേപോലെ രഥത്തിൽ അർജുനന് തുല്യനായൊരു യോദ്ധാവ് അർജുനനെ പോലെ അയാൾ തളർന്നൊന്നുമില്ല ഞാൻ ജയിക്കുന്നതിനെ വിചാരിച്ചിരിക്കുന്ന ആളാണ് കർണൻ അദ്ദേഹത്തിന്റെ ശാരദയുടെ പേരെന്താ ശല്യര് സദാ ശല്യം ചെയ്യണ ആള് അദ്ദേഹം മുമ്പിൽ ഇരുന്നിട്ട് ഓരോ സ്റ്റെപ്പിലും ധൈര്യചുതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കർണനോട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക അതാ അർജുനൻ വരുന്നു തന്നെ കൊണ്ട് ഒന്നും കഴിയില്ല താൻ ജയിക്കാൻ പോണില്ല താൻ ഈ യുദ്ധത്തിൽ വധിക്കപ്പെടും തന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ല ഓരോ സ്റ്റെപ്പിലും ഈ സാരഥി രഥിയുടെ സകല ധൈര്യത്തിനെയും കടുവരുത്തിക്കൊണ്ടിരിക്കുക നോക്കണം രണ്ടുപേരും തുല്യ ബലമുള്ള യോദ്ധാക്കള് സാരഥി അങ്ങടും ഇങ്ങും മാറിയപ്പോ ഒരാള് തളർന്നപ്പോ പിടിച്ചുയർത്തി ഒരാൾ ഒരാള് ഉയർന്നപ്പോ പിടിച്ചു തളർത്തി രഥം അവസാനം ചളിയില് പോണ്ട് നിന്നു അപ്പോഴും കൈകെട്ടിയിരുന്നു ഞാനൊന്നും ജയിലാമോ ജീവൻ ചളിയിൽ വീണാലും പിടിച്ചുയർത്താൻ ആ ബുദ്ധി സഹായമല്ല ചളിയിൽ വീണ ജീവനെ ഉയർത്താൻ ആളില്ല പക്ഷെ അവിടെ ആ വിജ്ഞാന സാരഥി എല്ലാ സമയത്തും സഹായിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം വേണ്ട സമയത്തെ വർത്തമാനം പറയുള്ളൂ അദ്ദേഹം ഒന്നും ചെയ്യണില്ല അങ്ങനെയുള്ള സാരഥിയാണ് ആ വശത്ത് ഈ വശത്തുള്ള സാരഥിയോ അജ്ഞാന സാരഥി ഒന്ന് വിജ്ഞാന സാരഥിയും ഒന്ന് അജ്ഞാന സാരഥിയുമാണ് വിജ്ഞാന സാരഥിർ യസ്തു മനഃപ്രഗ്രഹവാൻ നരഹ സ്വധ്വന പാരമാനോതി യദ് വിഷ്ണോഹോ പരമം പദം ആരുടെ ബുദ്ധി നല്ലവണ്ണം ജ്ഞാനം കൊണ്ട് തെളിഞ്ഞിരിക്കുന്നുവോ അയാളുടെ ശരീരമാവുന്ന രഥം ചളിയിൽ പെട്ടുപോയാൽ പോലും എന്നുവെച്ചാൽ അയാൾ സംസാരത്തിൽ വീണുപോയാൽ പോലും ഈ ജ്ഞാനമാവുന്ന സാരഥി പിടിച്ചുയർത്തും പക്ഷെ ബുദ്ധി തെളിഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിയിൽ ഈ വിദ്യ ഇല്ലെങ്കിൽ കർണനെ പോലെ എല്ലാ കഴിവും ഉണ്ടായിരുന്നിട്ടും സകല ശക്തികളും സംഭരിച്ചു വെച്ചിട്ടും സമയത്തിൽ ഓർമ്മ വരില്ല വേണ്ട സമയത്ത് ചളിയിൽ വീഴും ഒന്നും പ്രയോജനപ്പെടില്ല ഇതാണ് രണ്ട് സാരഥികൾക്കുള്ള വ്യത്യാസം അപ്പൊ ഈ കുരുക്ഷേത്ര ഭൂമിയില് എല്ലാവരെയും ജയിക്കാൻ വന്നിരിക്കണവരാണ് എല്ലാരും അവരവരുടെ ശംഖുവിളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ അവിടെ ജയം പരാജയം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എല്ലാ ശരീരമാവുന്ന രഥങ്ങൾ വന്ന് നിൽക്കണു ഇവിടെയാണ് ഗീതയുടെ ആരംഭം ഇവിടെയാണ് ധർമ്മക്ഷേത്രത്തിലാണ് ധൃതരാഷ്ട്രർ സഞ്ജയനെ വിളിച്ചു ചോദിക്കുന്നത് സഞ്ജയാ അവിടെ എന്തു സംഭവിച്ചു സഞ്ജയൻ ഇതൊക്കെ ഈ ജീവിത ആയോധനത്തിനെ കുറിച്ച് കണ്ണുകാണാത്ത ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന സഞ്ജയൻ ആരാണ് സമ്യക്കായിട്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ജയിച്ച് യോഗദർശനം സാധിച്ചിട്ടുള്ള ആള് സ്വരൂപദർശനം സാധിച്ചിട്ടുള്ള ആളാണ് സഞ്ജയ് ഇതൊക്കെ താത്വികമായിട്ടുള്ള വ്യാഖ്യാനം ഇതൊന്നും മഹാഭാരതത്തിലെ കഥയിൽ പോയി നോക്കരുത് അങ്ങനെയുള്ള സഞ്ജയൻ ഇപ്പൊ ഗുരുസ്ഥാനത്തിലിരുന്ന് അജ്ഞാനത്തിലിരിക്കുന്ന ദൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്ക ഗീത കേട്ടവരെ മൂന്ന് പേരാണ് ഒന്ന് ധ്രതരാഷ്ട്രര് രണ്ട് അർജുനൻ മൂന്ന് ഹനുമാൻ ഉത്തമശ്രോത മധ്യമശ്രോത അധമശ്രോത എന്ന് മൂന്ന് ശ്രോതാക്കളാണ് ഗീതയ്ക്ക് നമ്മൾ പ്രഭാഷണം ചെയ്യുമ്പോഴും ഈ മൂന്ന് ശ്രോതാക്കളും ഉണ്ടാവും ഉത്തമശ്രോത ആരാണെന്ന് വെച്ചാൽ ഹനുമാൻ അദ്ദേഹം ചോദ്യം ഒന്നും ചോദിച്ചില്ല അദ്ദേഹത്തിന് ഈ കാര്യമൊക്കെ മുമ്പേ അറിയാം ഭഗവാൻ പറയുമ്പോൾ ആസ്വദിച്ചു അത്രയേ ഉള്ളൂ ടയ്ക്ക് ഒരു രസത്തിൽ ഇറങ്ങി വന്നു ഭഗവാൻ എന്തോ അർജുനനോട് ചോദ്യം ചോദിക്കുന്ന മട്ടിൽ ഇറങ്ങി വന്നു ഉത്തരം പറഞ്ഞു ഹനുമാൻ അപ്പൊ ഭഗവാൻ പറഞ്ഞു ഹനുമാനെ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോ എടയിൽ വന്നാൽ എന്താ അതിന്റെ ഫലം അറിയാവോ ശാസ്ത്രം എന്താ പറയണത് അറിയാവോ അറിയാം എന്താന്ന് വെച്ചാൽ പിശാചായിട്ട് പോകും എന്നാണ് ഹനുമാനോട് ഭഗവാൻ പറഞ്ഞു അത്രേ അപ്പോ അങ്ങേക്ക് ഒരു ഗതി വേണോ ഹനുമാൻ പറഞ്ഞു ഭഗവാനെ ഒരു കുഴപ്പമില്ല ഗീതാതത്വം അറിഞ്ഞിട്ടിപ്പോ പിശാചായാൽ എന്താ ബ്രാഹ്മണനായാലെന്താ ഒക്കെ ഒരുപോലെ അതുകൊണ്ട് ഞാനിപ്പോ പിശാചായിട്ട് ജനിച്ചിട്ട് പൈശാച ഭാഷയിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു അത്ര അറിഞ്ഞു അപ്പൊ ശങ്കരാചാര്യസ്വാമിയുള്ള ഭാഷ്യത്തിനൊക്കെ മുമ്പ് ആഞ്ജനേയസ്വാമി പൈശാചി ഭാഷയിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ഭാഷ്യം എഴുതിയത്രേ ആഞ്ജനേയ ഭാഷ്യം ഉണ്ടായിരുന്നു എന്നാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ആസ്വാദനം ഭഗവാന്റെ അടുത്ത് നേരിട്ട് കേട്ട ആളല്ലേ സംശയമൊന്നും ഇല്ലാതെ കേട്ടു ഒറ്റ സംശയമില്ല ഉത്തമശ്രോത പക്ഷെ ഹനുമാനെ പോലെ കേൾക്കാൻ കഴിവുള്ളവർ വളരെ കുറവായിരിക്കും കേൾക്കുമ്പോഴേക്കും അങ്ങനെ പിടിച്ചെടുത്ത് അനുഭൂതി ശ്രവണ മാത്രത്തിൽ അനുഭൂതി രണ്ടാമത്തെ ആൾ അർജുനനാണ് അർജുനൻ നമ്മളെ പോലെയുള്ള ആളാണ് നമ്മളെ പോലെ എന്ന് വെച്ചാൽ ചിലരെ പോലെ അർജുനൻ എങ്ങനെയാന്ന് വെച്ചാൽ ചിലതൊക്കെ മനസ്സിലാക്കും ചിലതൊക്കെ ചോദിച്ചു മനസ്സിലാക്കും സംശയം വരുമ്പോൾ ചോദിക്കും എന്നിട്ട് തെളിച്ചെടുക്കും ഋജുബുദ്ധിയുള്ള ആളാണ് അർജുനൻ മൂന്നാമത്തെ ആള് ധൃതരാഷ്ട്രരാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താലും കേട്ടാലും ഒന്നും മനസ്സിലാവില്ല മനസ്സിലായാലും കൂട്ടാക്കില്ല പല ആളുകൾ അദ്ദേഹത്തിന് ഈ പ്രഭാഷണം കേൾക്കുക എന്നുള്ളത് ചിലർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ് ആരുടെയൊക്കെ പ്രഭാഷണ എല്ലാം കേൾക്കും അതുപോലെ ധൃതരാഷ്ട്രരും പല ആളുകളെയും വിളിച്ച് പറയിപ്പിക്കും അദ്ദേഹത്തിനൊരു സുഖമാണിത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എത്ര ആളുകളെയാ വിളിച്ച് പറയിപ്പിച്ചിരിക്കണെന്ന് അറിയോ സനത്സുജാതനെ വിളിച്ചു പറയിപ്പിച്ചു അതുപോലെ വ്യാസഭഗവാൻ വന്ന് പറഞ്ഞു വ്യാസര് പറഞ്ഞു തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ധർമ്മമൊക്കെ പറഞ്ഞു കൊടുത്ത് ധൃതരാഷ്ട്രരോട് പറഞ്ഞു യുദ്ധം ചെയ്യേണ്ട അപ്പൊ ധൃതരാഷ്ട്ര എന്താ പറഞ്ഞറിയോ വ്യാസരെ അങ്ങ് എന്തൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്കും അറിയാം എന്നാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റണില്ല പക്ഷെ എന്ത് ചെയ്യാം യോ ദുർവിമർശപതയാ നിജമായ ഭാഗവതത്തിലെ ദശമസ് ഗ്രന്ഥത്തിലും ധൃതരാഷ്ട്ര ഇത് പറയുന്നുണ്ട് ഏതൊരു ഭഗവാന്റെ മായ കൊണ്ട് ഇതൊക്കെ ചുറ്റണുവോ തസ്മൈ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ ആ ഭഗവാന്റെ മായ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ അറിയാൻ പറ്റാത്ത വിധത്തിൽ ചുറ്റുന്ന ആ സംസാര ചക്രത്തിനെ ഇട്ടു ചൊഴറ്റുന്ന ആ പരമേശ്വരന് നമസ്കാരം എന്റെ ബുദ്ധി ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ശ്രോതാക്കളും ഗീതയ്ക്കുണ്ട് പക്ഷേ ഇവിടെ ധൃതരാഷ്ട്രരാണ് ബേസിക്കായിട്ട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്ന ആൾ ധൃതരാഷ്ട്രരാണ് സഞ്ജയനെ വിളിച്ച് ചോദിച്ചു പറയൂ അപ്പൊ ധൃതരാഷ്ട്രർക്ക് വേണേൽ നമ്മൾ ആദ്യം ഒരു നമസ്കാരം ചെയ്യാൻ അല്ലേ അദ്ദേഹമാണ് ഗീത നമുക്ക് ഏർപ്പാടാക്കി തന്നത് ഗീത നമുക്ക് പറയിപ്പിച്ചത് ധൃതരാഷ്ട്രർ ചോദിച്ചപ്പോ സഞ്ജയൻ പറഞ്ഞു തുടങ്ങുന്നതാണ് ഭഗവത്ഗീത ഉപനിഷത്ത് സഞ്ജയം പറഞ്ഞു തുടങ്ങുന്നതാണ് ഭഗവത്ഗീതാ ഉപനിഷത്ത് ഗീത പറഞ്ഞത് കൃഷ്ണൻ കേട്ട അർജുനന്റെ പേര് കൃഷ്ണൻ എഴുതിയ വ്യാസന്റെ പേര് കൃഷ്ണൻ അർജുനനും കൃഷ്ണൻ എന്നൊരു പേരുണ്ട് ഗീത പറഞ്ഞത് കൃഷ്ണൻ കേട്ട അർജുനന്റെയും പേര് കൃഷ്ണനാണ് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കറുപ്പന്മാരാണ് കറുത്തവരാണ് എല്ലാവർക്കും ഒരേ വർണ്ണം അർജുനനും കൃഷ്ണനാണ് വ്യാസനും കൃഷ്ണദ്വൈപായുനനാണ് മൂന്നുപേരും കൃഷ്ണന്മാരാണ് മൂന്ന് കൃഷ്ണന്മാരായിട്ട് ചേർന്ന് ഒപ്പിച്ച ഒരു അധ്യാത്മശാസ്ത്രം ഉപനിഷത്ത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യാം ഓരോ അധ്യായവും അങ്ങനെയാണല്ലോ തിലകന്റെ വ്യാഖ്യാനത്തിൽ തിലകൻ ഗീതാസു ഉപനിഷത്സു എന്ന് പറയുന്നതിന് അവിടെ ഉപനിഷത്ത് എന്നുള്ളത് എങ്ങനെ ചേർത്തു എന്നുള്ളതിന് കാരണം പറയുന്നുണ്ട് ഗീത എന്ന് പറയുമ്പോ തന്നെ ഗീതം എന്ന് പറഞ്ഞ അർത്ഥമുണ്ട് ഭഗവാനാൽ പാടപ്പെട്ട ഗീതം ഗോപിക ഗീതം നോക്കി ഭാഗവതത്തിൽ പറയണ പോലെ പിന്നെ അങ്ങനെ പറയാതെ ഭഗവത്ഗീത എന്ന് പറയുമ്പോ ഭഗവാനാൽ പാടപ്പെട്ട എന്ന് നിർത്തിയിരിക്കുന്നു അങ്ങനെ നിർത്താൻ പാടു എന്ന് പറയുമ്പോ അത് പൂർണ്ണമായില്ല ഗീതം എന്ന് പറയേണ്ടിയിരുന്നു ഭഗവത്ഗീതം എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ പാടപ്പെട്ട ഗീതം അർത്ഥം ഇത് ഭഗവത്ഗീത എന്ന് നിർത്തിയിരിക്കുമ്പോ ഭഗവാനാൽ പാടപ്പെട്ട എന്ന് നിർത്തിയിരിക്കുക അപ്പൊ അതിനു പുറകിൽ സ്ത്രീലിംഗത്തോടുകൂടി ഏതോ ഒരു പദം വരണം അപ്പൊ ഗീതയുടെ മുഴുവൻ മർമ്മം എന്താ ഉപനിഷത്ത് തന്നെയാണ് അപ്പൊ ഉപനിഷത്ത് എന്നുള്ളത് സ്ത്രീലിംഗ പദം ഭഗവാനാൽ പാടപ്പെട്ട ഉപനിഷത്ത് എന്ന് അങ്ങനെയാണ് ഭഗവത്ഗീത ഉപനിഷത് ഭഗവത്ഗീതാസു ഉപനിഷു അങ്ങനെയുള്ള ഉപനിഷത്താണ് ഭഗവത്ഗീത പക്ഷേ ഈ ഉപനിഷത്തിൽ ആർക്കും ഒരു വിലക്കില്ല എല്ലാവരുടെയും ജീവിതത്തിനെ ഇതിനെ സ്വീകരിച്ചാൽ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഉപനിഷത്താണ് നമ്മള് ആ ഉപനിഷത്തിലേക്കാണ് കടക്കാൻ പോണത് ആരംഭത്തിൽ ഭഗവാൻ ഒന്ന് തണുപ്പിച്ചു അന്തരീക്ഷം മുഴുവൻ ഒന്ന് ബഹളം കൂട്ടി ജീവിതത്തിലും എങ്ങനെയാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇത്ര പ്രശ്നം വരണമെന്ന് വിചാരിക്കും ആ പ്രശ്നം കഴിയുമ്പോൾ കാണാം നമ്മളുടെ ഉള്ളൊന്ന് തണുക്കും ഓരോ പ്രശ്നം കഴിയുമ്പോഴും നമ്മളുടെ ഉള്ളൊന്ന് തണുക്കും അതുപോലെ പൊരു ബഹളം ഉണ്ടാക്കി ഒന്ന് തണുപ്പിച്ചു അന്തരീക്ഷം മുഴുവൻ തണുത്തു യുദ്ധം ഉണ്ടാവണത് ശാന്തിക്കാണ് ഓടണത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മനസ്സ് ഇപ്പൊ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നിശ്ചലമാവാൻ വേണ്ടിയിട്ടാണ് അന്വേഷണം ഒക്കെ സത്യത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ നാളെ മുതൽ ഉള്ള എട്ട് ദിവസം കഴിയുന്നതും ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തില് കർമ്മണ്യവാധികാരസ്ഥെ മുതലായ ശ്ലോകങ്ങൾ ഒരു പുതിയ ടോപ്പിക്കാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം അപ്പൊ അത് വരെ ഉള്ള ഭാഗം നമ്മൾ നോക്കും അതിനുശേഷമുള്ള ഭാഗം നമ്മൾ പിന്നെ അതുവേറെ ഭാഗം ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കും ആദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗം ആണ് അല്ലെ നമ്മളെല്ലാം ആരംഭിക്കുമ്പോൾ നല്ലതായിട്ട് ആരംഭിക്കണം ലോകത്തിലെല്ലാം അങ്ങനെയാണ് എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം ഒരു ശുക്ലാം ഭരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം തുടങ്ങിയ പ്രഭാഷണം തുടങ്ങുമ്പോഴേ ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ എങ്ങനെയുണ്ടാവും ഇതിന്റെ ആരംഭത്തിലെ ദുഃഖം എന്ന് പറയുന്നത് തോന്നും അതുപോലെ ഒരു ആരെങ്കിലും ഒരു നല്ല ആളെ കൊണ്ട് ആദ്യം ആരംഭിക്കണം അല്ലേ ഗീത ആരംഭിച്ചപ്പോ ശ്രീ ഭഗവാൻ വാചാന്ന് ആരംഭിച്ചൂടെ വ്യാസഭഗവാന് പക്ഷെ ആരംഭിച്ചത് എങ്ങനെയാ ധൃതരാഷ്ട്രോ വാചിച്ച എന്താ അങ്ങനെയുള്ള ആളുകളാണ് മാക്സിമം ലോകത്തില് ധൃതരാഷ്ട്രോ വാച നല്ല ആദ്യത്തെ അധ്യായം നല്ല മംഗളയോഗം ആരംഭിച്ചൂടെ അർജുന വിഷാദയോഗം അപ്പൊ ഭഗവാൻ വെറുതെ എല്ലാം മംഗളമാണ് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ തയ്യാറല്ല വി ഹാവ് ടു ഫേസ് ദ ഫാക്ട് ജീവിതത്തില് ദുഃഖമുണ്ട് വിഷാദമുണ്ട് സുഖമൊക്കെ നമ്മളിപ്പൊ കിട്ടുന്ന സുഖമൊക്കെ അല്പ അല്പം മേലേഴ കിട്ടുന്നു ഉള്ളൂ ദുഃഖമുണ്ട് സഫറിംഗ് വിഷമം ദുഃഖമുണ്ട് ഇപ്പൊ ദുഃഖത്തിന് ഇല്ല എന്ന് പറഞ്ഞ് പൂച്ച കണ്ണുമൂടി പാല് കുടിക്കണമാതിരി കുടിച്ചിട്ട് കാര്യമില്ല ദുഃഖത്തിനെ നമുക്ക് കാണണം വി ഹാവ് ടു ഫേസ് ഇറ്റ് മുമ്പിൽ വെച്ച് കാണണം എന്നിട്ട് ആ വിഷാദത്തിനെ പരിഹരിക്കാൻ എന്താ വഴി എന്ന് ചോദിക്കണം അതുകൊണ്ട് വ്യാസഭഗവാൻ ആദ്യത്തെ അധ്യായത്തിന് പേര് കൊടുത്തു അർജുന വിഷാദയോഗം അപ്പൊ ആ അർജുന വിഷാദയോഗത്തോട് ആരംഭിക്കുന്നു അത്ഭുതമായ ഗീതാശാസ്ത്രം വരുന്ന എട്ട് ദിവസവും നമുക്ക് അനുഭവത്തോടെ പറയാനും അനുഭൂതിയോടുകൂടെ കേൾക്കാനും ഒരു ക്ലാസ് പോലെയൊന്നും പറയാൻ എനിക്കറിയില്ല എവിടെയെങ്കിലുമൊക്കെ പറയും ഇങ്ങനെ അത് അനുഭവത്തുനിന്ന് വരണം കേൾക്കുന്നവർക്കും അത് അനുഭവത്തിലെത്തണം അപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമാവണത് അല്ലാതെ അനലൈസ് ചെയ്തിട്ട് ഇന്റലക്ച്വലായിട്ടും ബൗദ്ധികമായിട്ടൊന്നും നിന്നിട്ട് കാര്യമില്ല അതിന് ഭഗവാന്റെ കൃപ തന്നെ വേണം ആ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നാളെ കൃത്യം ആറര മണിക്ക് തുടങ്ങാം ഓാലാവനമ്രകിരീടം ഫാലനേത്രാക്ഷിഷാദഗ്ധപഞ്ചേശു കീടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദേവദേശ ശംഭോ ശംഭോ മഹാദേവദേവ അംഗേ വിരാജുജംഗം അഭ്രഗംഗാതരംഗാഭരാമോത്തമാകാരണീകുരംഗം സിദ്ധ സംസേവിത്രിം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദേവദ ശംഭോ ശംഭോ മഹാദേവേവ നിിന്ദശേഷോകേശ വൈരി പ്രതാ കാ കത്തസ്വരാഗേന്ദ്രചാ ജേ ദസന്മാർബന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദവേവാ കപ്പഘ്നമീശ ഠം മഹേശം മഹാവ്യോമകേശം കുന്ഭദന്തം സുരേഷൂര്യപ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവദ ശംഭോ ശംഭോ മഹാദേവദ മൂലേരുതാരം മന്ദഗേന്ദ്രസാരം മഹാഗൗര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവേവാേപി സുഖനസ്സന്തു സർവേ സന്തു നിരാമയാദ്രാണി പശ്യൻ തൂമാകശ്യ ദുഃഖഭവേത് നാളെ രാവിലത്തെ പ്രഭാഷണം ഭഗവാൻ രമണമഹർഷിയുടെ സദ്ദർശനം എന്നൊരു ഉപനിഷത്താണ് അതീവ സരളമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗത്തിന് ആത്മസാക്ഷാത്കാരത്തിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ജ്ഞാനാര് എന്നുള്ള ആത്മവിചാരം ആത്മവിചാര മാർഗത്തിനെ വിസ്തരിച്ചു പറയുന്ന ഒരു നാപ്പത് ശ്ലോകമുള്ള ഒരു ഗ്രന്ഥമാണ് സദർശനം കിണറ്റങ്കര സമൂഹമാണ് അഭിനോ വിദ്യാ തീർത്ഥ മഠം അഭിനവ് വിദ്യാതീർത്ഥ മണ്ഡപത്തിലെ ഗംഗോത്രി കല്യാണം ആ ചിറ്റൂർ ചിറ്റൂർ റോഡ് സൈഡില് അഭിനോ വിദ്യാ തീർത്ഥ ഹാളില് വെച്ച് നാളത്തെ രാവിലത്തെ പ്രഭാഷണം ഏഴുമണി മുതൽ എട്ട് മണിവരെ രമണ മഹർഷിയുടെ സദ്ദർശനം എന്ന കൃതിയാണ് വളരെ അനുഭൂതിപൂർണമായിട്ടുള്ള ഒരു കൃതി അത് നാളെ നമുക്ക് കാണാം ഹരനമ പാർവതീപത